ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗിന് വ്യോമവ്യാത്തേയക്ഷിമൂർത്തതിമദ്യം നി കരചരണം नामगोत्रं नसूत्रं നോ ജാതിന്വ വണ്ണത്തി പുരുഷോ നംസം നീ ം നൈ കാരം നമരണം നം നാപം തം നോ തും സഹജ സമരസം സദ്ഗുരു തം നമാ സദാശിവസമാരംഭം ശങ്കചാര്യമധ്യമാ അസ്മദാചാര്യപര്യം വന്ദേ ഗുരുപരംപരാം മൗനവ്യാഖ്യകട്രഹ്മത്തം യുവാനം വഷിഷാത്തേവ സദൃശിഗണൈരാവൃതം ബ്രഹ്മനിഷാരേന്ദ്രം കരകളിതചന്മുദ്രമാനന്ദമൂർത്തിമാമം മുദിതവദനം ദക്ഷിണമൂർത്തിമീഡേ േവിഭാസകാതയവാദിഗേന്ദ്രസംഗീന്ദ്രവ്യ മോഹധ്വാദിവാകരാഗവത് ബിഭ്രേ തസ്മൈ ഭാഷ്യമോസ്തു സതതം പൂർണ്ണാ ബോധാത്മനി അപാരസിത്സുഖവാരിരാശേ യോർമാത്രം ഭുവനം സമസ്തം ഗുഹാഹിതം തം രമണം ഗഭീരം ചിന്വിഹീനം ഹൃദി ചിന്തയാഹം മൃണ്മയവ്ജടാത്മകഹം ബുദ്ധിർന്നോ നാഹം തീസമയ സിദ്ധാത്മസദ്ഭാവത്ത सोहं भावुत कुया दृष्ट्वात्नत्मना सोहम स्फूर्ति अरुणाचलशिव पूर्णो विभाति स्वयं करुणापूर्णसुधे कविदघन विश्व किल्याणाचलपरमात्म अरुणो ചിത്തകുവിസാ ്യരുചലസം ഭൂ സ്ഥിവാ പ്രലീനമേതം ഹൃദ്യഹത്മതയാ നൃത്യസി ഭോഹോ തേ വൃദയം നാമ അഹമതി കൂത ആയാതീയന്വിഷ്യന്ത പ്രവിഷ്ടയാമലധിയ अवगम्यस्वं അവഗമ്യസ്വം ം ശാമ്യരുണാചലി നദീ ബാധൗ തഷയം ബാഹ്യം രുദ്ധപ്രാണേന രുദ്ധമനസാൻ പശ്യത്തിയോ ദീധിതി അരുണാചലി മഹീയം തേ ്യർമനസം പശ്യൻ സർവയാ സതും ഭജത്തെ അനന്യീ സജയത്രുണാചല ത്വി സുഖേമ്നൃദയകുഹരമധ്യേ കെയലം ബ്രഹ്മമാത്രംമഹിത് സാക്ഷാത്മരുപേണ ഭാതി ഹൃദി വിഷമനസാ സ്വ ചിൻവ്ജതാ പവനച്ചലന റോദാത്മനിഷോ സ്മാജ്ജാതം ജഗത്സവം യന്നേവ പ്രലീയത്തെ ഏനേദം ധാരത്തെ ചൈവസ്മൈ ജാനത്മനേനമഹം പ്രജാനം ശുപ്രദ സ്ഥിരചരണകരവ്യവ്യാപ്യലോകാൻ ഭുക്ഷ്ടാൻ പുനരപി ഷണോദ്മജനിയൻ പീത്ത സർവാൻ വിശേഷാൻ സ്വപിതി മധുരപുങ് മായോജന്നയാഖ്യീയം പരമ അമൃതം അജം ബ്രംഹയത്തന്നോസ് അരുണാചലശിരുദ്ഭൂതസം പ്രവർത്തകം കരുണന്നവമീടേതം രമണാഖ്യമഹം മഹം ശോണപ്രഭം സോമകലാവതംസം പാണിസ്ഫുരത് പഞ്ചശലേക്ഷുചാണപ്രിം നൗമി പിണേ കോണത്രയസ്ഥം കുലദൈവതം നഹം നമാമിഥലേഖാലൃതകുന്താ ഭസന്ർവാപണസുധാനീം ചൂടോത്തംസിതചന്ദ്രചാരുക്കലി ചഞ്ചത് ശിഖാഭാസ്വരൂ ലീലാദഗവിലോലകശലഭശ്രേയോദശ്രേ സ്ഫുരൻ അന്തസ്ഫൂർത പരമോഹതിരപ്രാഗ്ഭാരമുച്ഛാടയൻ ചേട്ട സദ്ഗി വിജയത്തെ ജാനപ്രദീപോഹരം ഭുജവദുജസ്മാക്കും സധി സധിം കിയാത് वाचमिमां യോന്ത് പ്രവിശ്യ മമ വാചിമാം പ്രസുപത സഞ്ജീവയഖിലശക്തിധരസ്വശ്രവാദീൻ പ്രാണന്നോ ഭഗവത്തെ പുരുഷാഭ്യം ഹരി ഓ പാർയ പ്രതിബോധിത നാരായണേന സ്വയം मध्ये महाभारतं। ഗ്രഥി പുരാണമുനി മധ്യേ മഹാഭാരതം അദ്വൈതമൃതവർഷിണവധ്യംബനുസധാ ഭഗവത്ഗീതീ നമോസ്തു തേ വ്യാസവിശാലുദ്ധേ ഫുൽവിന്യതപത്രേത്ര യാ ഭാരതൈലപൂർണ പ്രജ്വാലി ജാനമയ പ്രദീപ്രപന്നിജാ തോത്രവേത്രൈകണ ജാനമുദ്രാ കൃഷ്ണ ഗീതമൃതദുഹേനഹം സർപനിഷദോ ഗാവോം ദോപനന്ദനഹം പാർ വത്സുധീർഭോക്ത ദുഗം ഗീതമൃതമഹത് വസുദേവസുത കംസ ചാണൂരമർദനം ദകീ പരമാനന്ദം കൃഷ്ണ വന്ദേ ജഗദ്ഗുരു മൂക്കം കരോതി വാചാ പങ്കും ലംഗയത്തെ ഗിരി യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം യം ബ്രഹ്മാവരുണേന്ദ്രരുദ്രമരുതൻവി ദിവ്യൈ സ്തൈ േൈസ്സംഗപക്കമോപനിഷദൈർഗായയ സമഗാ ധ്യാവസ്ഥതദ് മനസാ പശ്യം യോഗിനോ യം ന വിദുസുരാഗണാ തസ്മൈ നമ അദ്ദേകം ചുല ശ്രീഭഗവാൻ ഉച്ചചന പാർ യോഗം യുഞ്ജന്മ്രയ അസംശയം സമഗ്രം മാം യഥാസീ തൃണു മയ്യസക്തമനെ പാർ യോഗം യുഞ്ജന് മദശ്രയംശയം സമഗ്രം മാം യഥാസി തത് ശൃോ ആറാമത്തെ അധ്യായത്തിൽ ധ്യാനയോഗത്തിന് ഭഗവാൻ പറഞ്ഞു ഭക്തിയുടെ വളരെ പ്രധാനമായിട്ടുള്ള യോഗമാണ് ധ്യാനയോഗം ഭഗവാനെ ഭഗവത് ഗുണങ്ങളെ ധ്യാനിക്കാം ഏഴാമത്തെ അധ്യായം തുടങ്ങുമ്പോൾ ഭഗവാൻ ആസക്തി എന്ന് പറഞ്ഞ വാക്കോടെയാണ് തുടങ്ങുന്നത് നമുക്ക് ഭക്തി അറിയിലെ ആസക്തി എല്ലാവർക്കും അറിയാം ആസക്തി എന്ന് വെച്ചാൽ എന്താ ആസക്തി എന്താ ആസക്തിയാണ് നമ്മളെ ലോകത്തിലെ പിടിച്ചു നിർത്തിയിരിക്കണത് രാഗസ്വരൂപ പാഷാഢ്യാം എളുത്താസഹസനാമത്തിലെ ഒരു നാമാണ് മായാം നമ്മളെ പിടിച്ചു വെച്ചിരിക്കണത് രാഗം എന്ന് പറഞ്ഞ കയറ് കഴുത്തിൽ കെട്ടിയിട്ടാണെന്നാണ് അറ്റാച്ച്മെന്റ് എന്തിനോടെങ്കിലുമൊക്കെ ഉള്ള പറ്റ് ആ പറ്റുമാന അല്ലെങ്കിൽ നമ്മളിവിടെ നിൽക്കില്ല ആസക്തി ആസക്തിയെ വിടൂ എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പം വിട്ടുപോല ഭഗവാൻ പറഞ്ഞു ആസക്തി മുഴുവൻ എന്റെ അടുത്ത് വിടുമെന്നാണ് ആസക്തി മുഴുവൻ മൈ പരമേശ്വരെ ആസക്തം മനഃ രാമകൃഷ്ണ പരമഹംസർ പറയും ഒരു കാമുകന് സ്ത്രീയോടുള്ള ആസക്തി ഒരു പിശുക്കന് പണത്തിനോടുള്ള ആസക്തി വളരെ ദാഹിക്കുന്ന ആൾക്ക് വെള്ളത്തിനോടുള്ള ആസക്തി നദിക്ക് സമുദ്രത്തിനോടുള്ള ആസക്തി ഇതൊക്കെ കൂടെ കൂടിച്ചേർന്നാൽ അത്രയും ഫോഴ്സോടുകൂടെ നിങ്ങൾക്ക് ഭഗവാനെ വേണം എന്ന് നിശ്ചയിക്കുകയാണെങ്കിൽ ഇപ്പൊ കിട്ടും എന്നാണ് ഭക്തിയുടെ ലക്ഷണം തന്നെ അറ്റാച്ച്മെന്റ് ആണ് ലോകത്തിനോടുള്ള അറ്റാച്ച്മെന്റ് വിട്ടുപോകൂ അപ്പോ ജ്ഞാനമാർഗത്തിൽ സാധാരണ നമ്മൾ പറയണത് വിവേകം വൈരാഗ്യം ലോകത്തിലെ ദുഃഖം ഉണ്ടെന്ന് കാണുന്നു അതിന് വിവേകം ദുഃഖം തരുന്ന പദാർത്ഥങ്ങളോടുള്ള പറ്റ് ആസക്തി ഉപേക്ഷിക്കുന്നു അത് വൈരാഗ്യം ഭക്തിയിൽ ഈ വിവേകവും വൈരാഗ്യവും ഒന്നും പറയണില്ല ഭഗവാന്റെ അടുത്ത് ഒട്ടിക്കൊള്ള ഭഗവാന്റെ അടുത്ത് പ്രിയം വെച്ചുകൊള്ള ആ പ്രിയം അധികരിക്കുന്നതോറും ലോകത്തിനോടുള്ള പ്രിയം താനെ വിട്ടുപോകുന്നതാണ് ഭാഗവതത്തിലെ ഗോപസ്ത്രീകൾ പറയുന്നു ഇതരരാഗവിസ്മാരണം എന്ന കൃഷ്ണന്റെ അടുത്ത് രാഗം വരുംതോറും ഇതരരാഗവിസ്മാരണം ലോകത്തിലുള്ള വിഷയത്തോടുള്ള രാഗം ഞങ്ങളൊന്നും വിട്ടില്ല അത് പോയി ഞങ്ങൾക്ക് സമയമില്ല എന്നാണ് ഉപേക്ഷിച്ചില്ല അത് താനേ വിട്ടുപോയി ഗളിത്തം താനേ വിട്ടുപോയി ഉപേക്ഷിക്കുകയും ചെയ്തില്ല പക്ഷെ താനേ സ്വയമേവ വിട്ടുപോയി കാരണം എന്താ ആസക്തി മുഴുവൻ കൃഷ്ണന്റെ അടുത്താണ് ആസക്തി മുഴുവൻ ഭഗവാന്റെ അടുത്താണ് ഭഗവത് ലോകത്തിനോടുള്ള ആസക്തിയെ താനെ കട്ട് ചെയ്ത് കളഞ്ഞതാണ് അത് ചിലർക്ക് ചിലപ്പോ ഇതിലെളുതമായിരിക്കും ചിലർക്ക് ചിലപ്പോ മുമ്പ് പറഞ്ഞ് ഞാനുമാർഗം നാരായണീയത്തിൽ ഭട്ടതിരി ഭക്തി ഒരു സാധനയായിട്ട് പറയുമ്പോ ആദ്യം വിവേകം പിന്നെ വൈരാഗ്യം പിന്നെ ഭക്തിസാധന എന്നാണ് പറഞ്ഞു ദുഃഖാണി ആലോക്യജന്തുഷു അലം ഉദിതവിക്കോഹം ആചാര്യവര ്രൂപതം ഗുണചരിതകഥാതി ഉദ്ഭവ്ഭക്തിഭൂമായാ പരമസുഖമയേ ത്വത്പദേ മോദിദാഹേ തൂർവരംഗ പവനപുരപത്തെശയാശേഷൻ ദുഃഖാതി ആലോക്യജന്തുഷു ഭക്തിക്കും പൂർവം വിവേകും വൈരാഗ്യം വേണമെന്നാണ് നമ്മളൊരു സാധനാ പദ്ധതിയിൽ വരുമ്പോ വിവേകവൈരാഗ്യത്തോടുകൂടെ ഗുരുമുഖത്തിൽ നിന്നും ഭഗവത് ഗുണത്തിനെ സ്വരൂപത്തിനെ ഭഗവത് നാമത്തിനെയോ രൂപത്തിനെയോ ഒക്കെ അറിഞ്ഞ് ഭഗവത് തത്വത്തിനെ അറിഞ്ഞ് ഭജിക്കുക എന്നുള്ളത് സാധനാഭക്തി ഭഗവാൻ പറയണത് ഇതൊന്നും സാധിക്കണില്ലെങ്കിൽ നിങ്ങൾ ചിലർക്കൊക്കെ ശരീരവും മനസ്സും ഒക്കെ ലോകത്തിൽ പെട്ടിട്ടുണ്ടാവും ജപം ചെയ്യാൻ പറ്റില്ല പൂജ ചെയ്യാൻ പറ്റില്ല ആരാധന ചെയ്യാൻ പറ്റില്ല ഒന്നും സമയം നമ്മളുടെ കയ്യിലില്ല ധാരാളം ആളുകൾ എന്ന് പറഞ്ഞാൽ അതാണ് ഒക്കെ വേണമെന്നുണ്ട് പക്ഷെ രാവിലെ എട്ട് മണിക്ക് ഓഫീസിലേക്ക് പുറപ്പെട്ടാൽ രാത്രി പന്ത്രണ്ട് മണിയാവും തിരിച്ചു വരുമ്പോൾ ചില പലരുടെയും ഇന്നത്തെ കാലത്ത് പ്രാരബ്ദം അങ്ങനെയാണ് പക്ഷെ അവരൊന്നും മോശക്കാരൊന്നുമല്ല അതിൽ വളരെ വളരെ പഴുത്ത പഴം ആയിട്ടുള്ള ആളുകളെ ധാരാളം കാണുന്നുണ്ട് എന്നുവെച്ചാൽ അവരുടെ പ്രാരബം നിവൃത്തിയില്ല അവരൊരു ജോലിയിൽ ചേർന്ന് പുറത്തു വരാൻ വഴിയില്ല സമയം മുഴുവൻ ആ അതേസമയം ഉള്ളിൽ എവിടെയോ ഒരു നീച്ചലുണ്ട് ഒരു അഗ്നി ഉണ്ട് അതിങ്ങനെ ഇറ്റ് ഇറ്റ് മേക്സ് ദം റെസ്റ്റ്ലെസ് അവര് സമാധാനത്തോടെ ഇരിക്കണമില്ലേ അവിടെ ഈ ഭാഗവതത്തിൽ അങ്ങനെ ഒരു ക്ലാസ് പറയേണ്ട ഗോപസ്ത്രീകള് ചിലരൊക്കെ കൃഷ്ണന്റെ ഓടക്കുഴൽ വീളിൽ കേട്ട് ഓടിപ്പോയി വേറെ ചില കൂട്ടര് പോവാൻ പുറപ്പെട്ട് അവരെ വീട്ടിൽ ഇട്ട് പൂട്ടിയിട്ടു ഭർത്താവോ അച്ഛനോ അമ്മയോ പോവരുതെന്ന് പറഞ്ഞ് പൂട്ടിയിട്ടു ഈ പൂട്ടിയിട്ടവര് പോവാൻ കഴിഞ്ഞില്ലല്ലോ ആ വിരഹത്തിൽ തന്നെ അവരപ്പ തന്നെ അവരുടെ വാസന മുഴുവൻ വെന്തുപോയി നൂർണമായ ഭഗവത്പ്രാപ്തിയെ വീട്ടിലിട്ട് പൂട്ടിയിട്ടപ്പോ നേടിയത്രേ ദുസ്സഹപ്രേഷ്ടവിരഹ തീവ്രതാപുതാശുഭാ ധ്യാനപ്രാപ്ത അച്യുതാശ്ലേഷനിർവൃത്യാക്ഷീണമംഗളാ തമേവ പരമാത്മാനം ജാരബുദ്ധ്യ സംഗതാ ജഹുർഗുണമയം ദേഹം സദ്യ പ്രക്ഷീണബന്ധനാ ഭഗവാനോടുള്ള വിരഹ താപം കൊണ്ട് അവരുടെ പാപവാസനയൊക്കെ പോയി ഭഗവാനെ ഹൃദയത്തിൽ ആലിംഗനം ചെയ്യുന്ന ആനന്ദം കൊണ്ട് പുണ്യം സുഖം അനുഭവിക്കുമ്പോൾ പുണ്യം ക്ഷയിക്കും ദുഃഖം അനുഭവിക്കുമ്പോൾ പാപം ക്ഷയിക്കും രണ്ടും പോയി എന്നാണ് ഇരുമ്പ് ചങ്ങലയും പൊട്ടി സ്വർണ്ണ ചങ്ങലയും പൊട്ടി അവിടെ തന്നെ ഭഗവാനെ പ്രാപിച്ചു എന്നാണ് ശ്രീ സുഖബ്രഹ്മ മഹർഷി പറയണത് അതായത് ചിലരൊക്കെ ആ അവര് പുറമേക്ക് അവർക്ക് സാധന ചെയ്യാൻ പറ്റില്ല ആ പുറമേക്ക് ഒന്നും സത്സംഗത്തിന് പോകാൻ പറ്റില്ല ആ പ്രാരബം അവരെ പിടിച്ച് കൂട്ടിയിട്ടിരിക്കയാണ് ഭർത്താവോ ഭാര്യയോ വേണ്ട ഓഫീസോ എന്തെങ്കിലും ആവട്ടെ ഉള്ളിൽ എവിടെയോ ഒരു നീറ്റല് ഒരു ഒരു അഗ്നി ഞാനിങ്ങനെ പെട്ടല്ലോ ഭഗവത് പ്രാപ്തിക്ക് വഴിയില്ലല്ലോ പറക്കാൻ കഴിയാത്ത പക്ഷിക്കുഞ്ഞിനെ പോലെ എന്നാണ് ഭാഗവതത്തില് ഒരുത്തരൻ പറഞ്ഞത് എന്നുവെച്ചാൽ അല്പഅല്പ സാധനാ ജപമൊക്കെ ചെയ്യുന്ന ആളുകള് പശുക്കുട്ടിയെ പോലെയാണ് ആ പശുക്കിടാവ് കെട്ടിയിട്ടിരിക്കുന്ന കന്നുകുട്ടി ആ മാ പശുവിന്റെ അകിട് നോക്കിയിട്ട് കയറിന് എത്ര നീളമുണ്ടോ അത്രയും നീണ്ടിട്ട് ഇങ്ങനെ നോക്കി നിൽക്കും എന്നുവെച്ചാൽ അതിന് നീളാൻ പറ്റും എന്നാൽ അകിൽ വായത്തില്ല സ്തന്യം യഥാ വത്സതരം ക്ഷുതാർത്ഥാഹ അതിനു മുമ്പ് ഒരു എക്സാമ്പിൾ പറഞ്ഞു അജാതപക്ഷ മാതരം ഖകാഹ ചിറകും മുളയ്ക്കാത്ത പക്ഷിക്കുഞ്ഞ് തള്ളപക്ഷിയെ കാത്തുകൊണ്ടിരിക്കും അതിന് പറക്കാൻ പറ്റില്ല ഒന്നും പറ്റില്ല കരയാനേ പറ്റുള്ളൂ ഇതുപോലെ ചിലപ്പോൾ നമ്മളൊരു സ്റ്റേറ്റിൽ ഉണ്ടാവും നമ്മൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല സാധനയോ ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് വെച്ചോളൂ എങ്കിലും ഉള്ളിൽ ഈ നീറ്റലുണ്ടല്ലോ ഭഗവാനെ പ്രാപിക്കാൻ കഴിഞ്ഞില്ല ഭഗവത് പ്രാപ്തി ഉണ്ടായില്ലോ ആത്മസാക്ഷാത്കാരം ഉണ്ടായില്ലോ ഇങ്ങനെ ഞാൻ സംസാരിയായിട്ട് ഇരിക്കണമല്ലോ എനിക്കെപ്പോ ആ സത്യം കിട്ടും എന്ന് തീവ്രമായിട്ടുള്ളിൽ ആ മുമുക്ഷുത്വം ഭക്തി വിരഹഭക്തി ഉള്ളിലുണ്ടായാൽ ആ ക്ഷണം തന്നെ ഭഗവത് പ്രാപ്തി ഉണ്ടാവും ഇതൊക്കെ ആസക്തിയാണ് ഭഗവാനോടുള്ള ആസക്തിയാണ് മെയ്യാസക്തമനോഹം യോഗത്തിന് വളരെ പ്രധാനതാണ് അതുകൊണ്ടാണ് ഭഗവാൻ ആദ്യം പറഞ്ഞത് അപ്പൊ യോഗം ഈ ആസക്തി ഇല്ലാതെയും യോഗം ചെയ്യാം ഇപ്പൊ ധാരാളം സ്കൂളുകളിൽ യോഗ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കോളേജിൽ യോഗ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഐ ടി കമ്പനീസിൽ യോഗ പറഞ്ഞു കൊടുക്കുന്നുണ്ട് മിലിടറിയിൽ യോഗ പറഞ്ഞു കൊടുക്കുന്നുണ്ട് പക്ഷെ അതൊന്നും അധ്യാത്മമാവില്ല കാരണം എന്താ അവിടെ മൈ ആസക്ത മനാഹ അവർക്ക് അവർക്ക് ജ്ഞാനമോ ഒന്നും മുഖ്യമല്ല ബി പി മനസ്സ് ശാന്തമായിട്ട് വെക്കാനും ശരീരത്തിന് ഹെൽത്തി ആയിട്ട് വെക്കാനും നല്ലവെല്ലാം നല്ലവണ്ണം അവരുടെ ജോലി ചെയ്യാനുള്ള ഫാക്കൾട്ടി കപ്പാസിറ്റി വർദ്ധിപ്പിക്കാനും ഒക്കെയാണ് യോഗം അത് സ്പിരിച്വൽ അല്ല നോക്കണം ഭഗവാൻ സ്പിരിച്വൽ വേൾഡിലി എന്ന് രണ്ട് തിരിക്കണത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി വെച്ചുകൊണ്ടല്ല രാമകൃഷ്ണദേവൻ നാമജപത്തിനെ കുറിച്ച് പോലും അങ്ങനെ ഒരു കഥ വരണ്ട് ഒരു വലിയ ഒരു ബിസിനസ് ഒരു വ്യാപാരി തുണിക്കട തുണിക്കടയില് ഒക്കെ നാമം ഉറുദു കൊണ്ടിട്ടിട്ട് ഒക്കെ ഇരിക്കത്രേ വൈഷ്ണവരാണ് ആ വേഷത്തിലാണ് വലിയ തുണിക്കടയാണ് ആരെങ്കിലുമൊക്കെ വരുമ്പോ കൃഷ്ണ ആ കൃഷ്ണ വേറെ ഒരുത്തം പറയും ഹരി ഹരി വേറെ ഒരാൾ പറയും ഗോവിന്ദ ഗോവിന്ദ എന്താന്ന് വെച്ചാൽ ഈ വന്ന ആളെങ്ങനെയാണ് എന്നുള്ളതിനു കോടുഭാഷയാണ് അത്ര കൃഷ്ണ കൃഷ്ണ നല്ലവണ്ണം തട്ടിക്കോളൂ ഉള്ളതൊക്കെ ഹരിച്ചോളൂ ഹരിഹരി ഒരേ നാമം ഏത് നാമമാണോ നമുക്ക് ഭഗവത് ഭക്തിക്ക് കാരണമാവണത്തെ അതേ നാമം ഇവന് ഭഗവാൻ എന്നുള്ള ലക്ഷ്യമേ ഇല്ലെങ്കിൽ ഇവന് ഭഗവത് പ്രാപ്തി എന്നുള്ള ലക്ഷ്യമേ ഇല്ലെങ്കിൽ നമുക്ക് പൂന്താനം പറയേണ്ട എന്തൊരു ലക്ഷ്യം വെച്ചുകൊണ്ടാണെങ്കിലും നാമം ജപിക്കൂ എന്ന് പറയേണ്ട ആവുന്നേ വേണ്ടു ഹരി നാരായണായ നമ വേറെ എന്തിനെങ്കിലുമൊക്കെ വേണ്ടിയാണെങ്കിലും ശരി വേണ്ടില്ല എന്നാണ് എഴുത്തശം പറയണം അതൊരു പ്രയോജനമുണ്ടാവായിരിക്കും പക്ഷേ വാസ്തവത്തിൽ നമ്മൾ അത്രയ്ക്കും കൂടെ ചോട്ട് പോകണ്ടല്ലോ അങ്ങനെ നാമം നാമത്തിനെ ദുരുപയോഗപ്പെടുത്തിയാൽ പോലും നാമം ഫലിക്കും എന്നൊക്കെ അജാമളോപാഖ്യാനത്തിലൊക്കെ അറിയാതെ നാരായണ എന്ന് പറഞ്ഞാലും ഫലിക്കുന്നതൊക്കെ കഥയുണ്ട് അതൊക്കെ നാമത്തിന്റെ വൈഭവത്തിനെ പറയാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ അങ്ങനെ നാമത്തിന് ഉപയോഗിക്കണം എന്ന് പറയാനല്ല നമ്മൾക്ക് ഉള്ളില് ഭഗവാൻ എന്നുള്ള ലക്ഷ്യം ഇല്ലെങ്കിൽ ഒരു മാർഗവും സ്വതന്ത്രമായി നമുക്ക് ഭഗവത് പ്രാപ്തിയെ തരില്ല ഇപ്പൊ ഉപനിഷത്ത് വേദാന്തം ഈ ബ്രഹ്മവിദ്യ തന്നെ യൂണിവേഴ്സിറ്റികളിലൊക്കെ പഠിപ്പിക്കുന്നുണ്ട് അവരൊക്കെ വേദാന്തത്തിൽ എം എയും പി എച്ച് ഡിയും ഒക്കെ കഴിഞ്ഞിട്ട് വന്നവരാണ് പക്ഷെ അവരൊന്നും ജീവൻ മുക്തന്മാരൊന്നുമല്ല അവർക്ക് ബ്രഹ്മസൂത്രം അറിയാം ഭഗവത്ഗീത അറിയാം വേദാന്ത അറിയാം ആത്മജ്ഞാനം എന്താണെന്നോ അല്ലെങ്കിൽ അത് ഈ ജന്മത്തിൽ സാധിക്കൂ എന്ന് ഊഹിക്കുക പോലും അവർ വളരെ വിചിത്രമാണ് വളരെ മിസ്ട്രിയാണ് അത് സാധിക്കുമെന്ന് പോലും ഒരു കോൺഫിഡൻസോ അല്ലെങ്കിൽ അത് വേണമെന്നുള്ള ആഗ്രഹം പോലും ഉള്ളിൽ വരാതെ പ്രസ്ഥാനത്രയം പഠിച്ച് പഠിപ്പിക്കുന്ന ആളുകളെ ധാരാളം എനിക്കറിയാം അപ്പൊ എന്താ വ്യത്യാസം ഇത് സ്വതന്ത്രമായ അത് ഞാനത്തിന് കൊടുക്കില്ല അതേപോലെ യോഗാ ടീച്ചേഴ്സ് പലരും അവർ ടീച്ചേഴ്സാണ് യോഗാ ടീച്ചേഴ്സാണ് എന്തിനാ യോഗം പഠിപ്പിക്കുന്നത് എന്ന് വെച്ചാൽ അവരത് യോഗം പ്രചരിപ്പിക്കണം എന്നൊരു മിഷൻ എടുത്തിരിക്കുകയാണ് അവര് എന്തിനാ എല്ലാവരും ആരോഗ്യമായിട്ടിരിക്കണം യോഗം വലിയ ശാസ്ത്രമാണ് അവർക്കും ആരോഗ്യമുണ്ട് അത് പ്രചരി തെറ്റില്ല ഇതൊക്കെ ഒരു ഡോക്ടർ നമുക്ക് സമൂഹത്തിൽ ആവശ്യമാണ് ടീച്ചേഴ്സ് ആവശ്യമാണ് അതുപോലെ തന്നെ ഇവരൊക്കെ ആവശ്യമാണ് പക്ഷെ ഇതൊന്നും സ്വതന്ത്രമായി ഭഗവത് പ്രാപ്തിക്കോ ഭക്തിക്കോ അധ്യാത്മത്തിനോ ബ്രഹ്മവിദ്യയാവില്ല തോന്നുന്നു അപ്പൊ ബ്രഹ്മവിദ്യ എപ്പോഴാവണത് എപ്പോഴാണോ നമ്മൾ തീരുമാനിക്കണത് എനിക്ക് അലൗകികമായ ആ സത്യത്തിനെ അറിയണം ഭഗവത്പ്രാപ്തി വേണം അല്ലെങ്കിൽ ആത്മജ്ഞാനം വേണം പൂർണ്ണമായ നിവൃത്തി വേണം പൂർണ്ണമായ സ്വാതന്ത്ര്യം വേണം എന്ന് എവിടെയോ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ എവിടെയോ ഒരു നിശ്ചയം വരിക ആ നിശ്ചയം വരുമ്പോഴാണ് നമ്മളുടെ ജീവിത പദ്ധതി ജീവിതത്തിന്റെ പ്രോസസ് തന്നെ മാറിപ്പോണത് ആ നിശ്ചയം വന്ന എന്ത് യോഗം ചെയ്യണോ എന്ത് സാധന ചെയ്യണു എന്നുള്ള പ്രധാനമല്ല ആ നിശ്ചയ ഉള്ളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ചിലപ്പോ എന്തും സാധനയായിട്ട് തീരും വാസ്തവത്തിൽ സാധനം മുഖ്യമല്ല ഈ നിശ്ചയമാണ് മുഖ്യം ഈ നിശ്ചയമുള്ളിൽ വന്നാൽ അയാളോട് നാമം ജവിച്ചോളൂ മതി എന്ന് പറഞ്ഞാൽ മതി ഈ നിശ്ചയമില്ലെങ്കിൽ അയാൾ പ്രാണായാമം ചെയ്യട്ടെ എന്തൊക്കെ യോഗസാധനകൾ ചെയ്യട്ടെ എന്തൊക്കെ മെനക്കിടട്ടെ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ നിൽക്കും കാരണം നിശ്ചയമില്ല അപ്പൊ ഈ നിശ്ചയമാണ് ഭഗവാനോടുള്ള ആസക്തി എന്ന് നമ്മൾ പറയണെന്ന് വെച്ചാൽ ഭഗവാനാണ് മുഖ്യം ലോകത്തിൽ പലർക്കും ഭഗവാൻ ഒന്നും പ്രധാനമല്ല നമുക്ക് ലോകകാര്യങ്ങൾ നടത്തി ഭഗവാൻ ഒരു ഇന്റർമീഡിയറ്റ് അതുകൊണ്ട് ഭഗവാ ഗീതയിലെ അങ്ങനെയുള്ള ആളുകളെ ഭഗവാൻ ഇട്ടിരിക്കുന്ന പേര് കാമകാമി എന്നാണ് എന്ന് വെച്ചാൽ അവരവരുടെ ആഗ്രഹങ്ങളുടെ ഭക്തന്മാരാണ് ഭഗവാന്റെ ഭക്തന്മാരല്ലാതെ ആഗ്രഹങ്ങൾ നടത്തി ഭഗവാൻ ചിലപ്പോ ആ ആഗ്രഹങ്ങൾ സാധിച്ചു കഴിയുമ്പോൾ ഭഗവത് ഭക്തിയായി മാറിയേക്കാം ഭഗവാനോട് ഒരു പറ്റു വന്നേക്കാം അത് ലൗകികമായ മാർഗമാണ് ലോകത്തിൽ സാധാരണ ഭഗവാനാണ് പ്രധാനം ഭഗവത് പ്രാപ്തി വേണോ എന്നൊന്നുമല്ല രാമകൃഷ്ണ പരമഹംസർ കാളിയെ പൂജിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദക്ഷിണേശ്വറിൽ ഉള്ളില് ഒരു ഈ അമ്മയെ കാണാൻ പറ്റുമോ ദേവിയെ സാക്ഷാത്കരിക്കാൻ പറ്റുമോ എനിക്ക് കാണണം കൊച്ചുകുട്ടികളെ പോലെ കരയാൻ തുടങ്ങി കൊച്ചുകുട്ടികളെ പോലെ ആദ്യം കുറെ ആളുകൾ പറഞ്ഞു വിചാരിച്ചു അത്ര അദ്ദേഹത്തിന്റെ അമ്മയെ കാണാനാണെന്ന് പെറ്റമ്മയെ കാണാനാണ് പിന്നെ അതല്ലാന്ന് കണ്ടപ്പോ തീരുമാനിച്ചു നല്ല മുഴുത്ത ഭ്രാന്താണ് ഈ ദക്ഷിണേശ്വരത്തിലെ ഭ്രാന്തൻ പൂജാരി എന്ന് തന്നെ എല്ലായിടത്തും പേരായി കാരണം എന്താ ആരെങ്കിലും ഈശ്വരന് വേണ്ടി കരയോ ഈശ്വരനെയൊക്കെ കാണാനൊക്കോ പൊതുവെ ജനങ്ങൾ നാസ്തികരാണ് നമ്മൾ ആസ്തികരാണെന്ന് പേര് പറയണത് എന്തിനാന്ന് വെച്ചാൽ നമ്മളെ ആരും കുറ്റം പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നുവെച്ചാൽ സമൂഹത്തിൽ ഒരു അക്സെപ്റ്റൻസ് ഉണ്ടാവുമല്ലോ അപ്പൊ ആരും കുറ്റം പറയില്ല പരസ്പരം ആസ്തികൻ എന്ന് പറയുകയാണ് നമ്മള് പക്ഷെ നമുക്ക് പണമോ സ്ഥാനമാനങ്ങളോ കാര്യങ്ങളോ ഒക്കെയാണ് പ്രധാനം ഭഗവാനെ സാക്ഷാത്കരിക്കാൻ പറ്റുമോ എന്നൊന്നും അധികം ആരും അതുകൊണ്ട് രാമകൃഷ്ണ പരമവംശർക്ക് അറിയുമ്പോ പോലും അദ്ദേഹത്തിനെ ഭ്രാന്തൻ എന്നാണ് വിളിച്ചിരുന്നത് ഹനിവട്ട് ആരും കാര്യമായിട്ട് കണക്കാക്കിയിരുന്നില്ല ഇൻഫാക്ട് അദ്ദേഹത്തിന് അവസാന കാലം വരെ ദക്ഷിണേശ്വരത്തിലുള്ള ആളുകൾക്കൊന്നും അദ്ദേഹത്തിന് വലുതായിട്ടൊന്നും വിലയുണ്ടായിരുന്നില്ല വിവേകാനന്ദൻ ലോക ലോകം മുഴുവൻ ആരാധിച്ചു തുടങ്ങിയപ്പോ പലരും പറഞ്ഞു തുടങ്ങി ഞങ്ങൾ രാമകൃഷ്ണ പരമവംസരെ കണ്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു പക്ഷെ അദ്ദേഹം ഉള്ളപ്പോഴൊന്നും കണക്കാക്കിയില്ല അപ്പൊ ഭഗവത് എന്ന് പറയുന്നത് ലോക മേരേത്തോ ഗിരിധര ഗോപാല ദൂസരാന കോ മീറ ഒരു പാട്ടിൽ പറയണം എനിക്ക് കൃഷ്ണൻ മാത്രമേ ഉള്ളൂ ബാക്കി ആരുമില്ല ലോകകഹേത്തോ മീറ കുലനാസിനി മീറ കുലനാസിനിയാണ് കുലപാവനിയാണ് എന്ന് പറയുന്ന രണ്ടുപേരുണ്ട് ഭർത്താവ് പറയണു കുലനാസിനിയാണ് കുടുംബക്കാരൊക്കെ പറയണു ചിലര് പറയൂ മീറ വലിയ തീർത്ഥമാണ് മീരാവിന് ഇതൊന്നും പ്രശ്നമല്ല മീര കൃഷ്ണനിലും മാത്രം മനസ്സ് വെച്ചുകൊണ്ടിരിക്കുകയാണ് ആ അലൗകികമായ ഭ്രാന്ത് ഉന്മാദം അത് വളരെ അപൂർവമാണ് വേറാണ് ത്യാഗരാജസ്വാമികളുടെ ഭക്തിയോ മീറാവിന്റെ ഭക്തിയോ തുക്കാറാമന്റെ ഭക്തിയോ ആണിക്യവാചകരുടെ ഭക്തിയോ അപ്പരസ്വാമികളുടെ ഭക്തിയോ അത് ലോകസാമാന്യമല്ല ഭഗവാനോട് പറയണ അവരെയൊക്കെ കണ്ടിട്ട് അറ്റ്ലീസ്റ്റ് കുറച്ചു പേർക്കെങ്കിലും ആ ഒരു ഉന്മാദം ഒരു കിർക്ക് ആ ഒരു ലഹരി പൈത്തിയം നമ്മുടെ ഭഗവാൻ തമിഴിൽ പറയണ വാക്ക് പൈത്തിയം പറ്റി പയനറും എനക്കുൻ പദമുറും അരുമരുന്ന് അരുൾവായ് പൈത്യമരുന്താ പാറോളിർ അരുണ പർവത ഉരുപെറും പരനീ പൈത്യ മരുന്ന് ഭഗവാനാണ് ഈ പൈത്യെന്ന് വെച്ചാൽ ഭ്രാന്തിനുള്ള മരുന്നാണ് ഭഗവാൻ ഭഗവത് സാക്ഷാത്കാരം ജ്ഞാനും അപ്പൊ ഭഗവത് ആസക്തി മൈ ആസക്തമനാഹാ പാർത്ഥ ഭഗവാനിൽ ആസക്തി വെച്ചു എന്ന് വെച്ചാൽ ഭഗവാൻ ലക്ഷ്യമായി ആത്മസാക്ഷാത്കാരം ലക്ഷ്യമായി ഈശ്വര സാക്ഷാത്കാരം ലക്ഷ്യം യോഗം യുഞ്ചൻ മതാശ്രയ ഭഗവാനെ തന്നെ ആശ്രയിച്ചുകൊണ്ട് യോഗസാധന ചെയ്യുന്നു സാധകൻ വളരെ വിശിഷ്ടനാണിവിടെ ഈ സാധകൻ സ്വതന്ത്രമായിട്ട് ഒരു സാധന ചെയ്യണില്ല ഭഗവാനെ തന്നെ ലക്ഷ്യമാക്കി വെച്ചുകൊണ്ട് ഭഗവാനാണ് എന്നെ കൊണ്ട് സാധന ചെയ്യിപ്പിക്കണത് നാമം ജപിക്കണേ ഞാൻ നാമം ജപിച്ചില്ല ഭഗവാൻ നാമം ജപിക്കണോ ജപിപ്പിക്കണം ഭഗവാൻ എന്നെ യോഗസാധന ചെയ്യിപ്പിക്കണം കംപ്ലീറ്റ്ലി ഗൈഡഡ് ഫ്രം വിത്തിൻ ഉള്ളിലുള്ള ശക്തി ഉണർന്നു കഴിയുമ്പോൾ നമ്മൾ എന്ത് മന്ത്രം ജപിക്കണം എങ്ങനെ സാധന ചെയ്യണം എങ്ങനെ ധ്യാനിക്കണം എങ്ങനെ യോഗസാധന ചെയ്യണം എന്ത് പുസ്തകം പഠിക്കണം ഒക്കെ ഓൾ ഇൻസ്ട്രക്ഷൻസ് വിൽ കം ഫ്രം വിത്ത് ഇങ് സമയസമയത്തിന് വരും ഞാൻ ഒരു ഒരു സ്റ്റേജിൽ ഒരു പ്രത്യേക പുസ്തകം യോഗവിഷയമായിട്ട് വേണമെന്നല്ലാതെ ആശം കുറേ സ്ഥലത്ത് അന്വേഷിച്ചു കിട്ടിയതേ ഇല്ല കുറെ സ്ഥലത്ത് പോയി അന്വേഷിച്ചിട്ട് വന്നു കിട്ടിയില്ല ഒരു നാല് ദിവസം കഴിഞ്ഞ് പോസ്റ്റില് ഒരു രജിസ്റ്റേർഡ് പോസ്റ്റ് വന്നു തുറന്നു നോക്കിയപ്പോ ഈ പുസ്തകം ഒരു ലെറ്റർ എനിക്കറിയുന്ന ഒരാള് വളരെ ദൂരത്തെ സ്ഥലത്ത് നിന്ന് എനിക്ക് നിങ്ങൾക്ക് ഈ പുസ്തകം അയക്കണം എന്ന് തോന്നി ഈ പുസ്തകം എന്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല ഇത് ഞാൻ പ്രിന്റേഴ്സിന് എഴുതിയിട്ട് അവരെ കൊണ്ട് വരുത്തിച്ചിട്ട് അയക്കുകയാണ് എന്ന് പറഞ്ഞൊരു ലെറ്റർ ഒരു പുസ്തകം വേണമെങ്കിൽ കറക്റ്റ് സമയത്തിന് കിട്ടും നിങ്ങൾക്ക് എന്ത് മന്ത്രോപദേശം വേണോ സമയത്തിന് കിട്ടും നിങ്ങൾ ഏത് സാധനയിൽ സഞ്ചരിക്കണമോ ആ സാധനയിൽ വഴി കാണിക്കപ്പെടും നിങ്ങൾ എപ്പോ ഉറങ്ങണോ അത് നിശ്ചയിക്കപ്പെടും നിങ്ങളെപ്പോ ധ്യാനിക്കണോ അത് നിശ്ചയിക്കപ്പെടും നിങ്ങൾ പ്രാണായാമം ചെയ്യണോ അത് നിശ്ചയിക്കപ്പെടും നിങ്ങൾക്ക് അതൊക്കെ ഏതെങ്കിലും ഒരു സാധനം നിർത്തണോ നിശ്ചയിക്കപ്പെടും ആരും പറഞ്ഞു നിങ്ങൾ ചെയ്ത് തുടങ്ങും എപ്പോ എന്ന് വെച്ചാൽ മതാശ്രയഹ യോഗം യുഞ്ജനങ്ങൾ ഇവൻ യോഗിയാണ് ഇവൻ ചെയ്യുന്ന സാധനങ്ങൾ യോഗമാണ് എപ്പോ ഭഗവാനെ അന്തര്യാമിയായ ഭഗവാനെ ആശ്രയിച്ചിരിക്കാണ് ഇൻസ്ട്രക്ഷൻ ഉള്ളുന്ന വരും ഇൻറ്റുട്ടീവ് ആയിട്ട് വരും പുസ്തകം നോക്കിയിട്ടൊന്നും ചെയ്യണ്ട ഈ പുസ്തകം നോക്കി ഞാൻ ഇങ്ങനെ മെഡിറ്റേഷൻ ചെയ്യണോ ഇങ്ങനെ സാധന ചെയ്യണോ ഇങ്ങനെ പ്രാണായാമം ചെയ്യണോ ഇങ്ങനെ ഭക്തി ചെയ്യണോ ഇന്ന രീതിയിൽ പൂജ ചെയ്യണോ ഒന്നും വേണ്ട എന്ത് ഭക്തി എങ്ങനെ നാമം ജപിക്കണം എങ്ങനെ ഭഗവാനെ ധ്യാനിക്കണം ഒക്കെ ഉള്ളെന്ന് വരും നമ്മൾ ഒരിക്കലും അധ്യാത്മ മാർഗത്തിൽ തനിച്ചേയല്ല നമ്മളുടെ കൂടെ ആളുണ്ട് ഭാഗവതത്തിലെ പറയണോ അവിജ്ഞാത സഖാവായിട്ട് ഭഗവാൻ എപ്പോഴും കൂടെ ഉണ്ടെന്നാണ് നമ്മൾ കാണുന്നില്ല യാത്രയോട് എപ്പോ വേണോ അപ്പൊ ഗൈഡൻസ് ഉണ്ടാവും എനിക്ക് ആര് ഗൈഡ് ചെയ്യും എനിക്ക് ആര് വഴി കാണിച്ചു തരും ഞാൻ എങ്ങനെ ധ്യാനിക്കും എങ്ങനെ സാധന ചെയ്യും ചോദിക്കുക വേണ്ട ജസ്റ്റ് യു വാക്ക് രാമകൃഷ്ണ പരമാംസർ പറയണ ഉദാഹരണമാണ് ഇരുട്ടത്തെ നടക്കാൻ ഒരാള് വെളിച്ചം ഇല്ലാതെ ഇരിക്കുകയാണ് ഒരാൾ റാന്തൽ വിളക്ക് കൊടുത്തു പോയിട്ട് വാതെന്ന് പറഞ്ഞ് വാതിലടച്ചു ഒരു മണിക്കൂർ കഴിഞ്ഞ് തുറന്നു നോക്കുമ്പോൾ അവിടെ തന്നെ ഇരിക്കണ്ടോ പാർട്ടി എന്താ നടന്നോടെ ചോദിച്ചാ ഈ വിളക്ക് ഇത്ര ദൂരമേ കാണുള്ളൂ എന്റെ വീട് പത്ത് കിലോമീറ്റർ ഉണ്ടോ തോന്നുന്നു ഈ വിളക്ക് വിളിച്ച് ഇത്രയും ദൂരമേ കാണുള്ളൂ ഇനി പത്ത് കിലോമീറ്റർ എങ്ങനെ പോകും നടക്കണോ താൻ എത്ര ദൂരെ നടക്കണോ അവിടുന്ന് വെളിച്ചം കാണും അല്ലാതെ ഇവിടുന്ന് പത്ത് കിലോമീറ്റർ കാണില്ല അതേപോലെ ഭഗവാന്റെ ആശ്രയിച്ച് നമ്മൾ നടക്കുന്ന നമ്മൾ പുസ്തകത്തു നിന്നുള്ള നോളേജ് ആണെങ്കിൽ നോക്കിയാൽ യോഗ എന്ന് പറഞ്ഞൊരു പുസ്തകം എടുത്താൽ യമം നിയമം ആസനം പ്രാണായാമം ധാര പ്രത്യാഹാരം ധാരണ ധ്യാനം സമാധി ഒക്കെ ഉണ്ടാവും എട്ട് അംഗങ്ങൾ ഇട്ടുണ്ടാവും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഭഗവാൻ ഗൈഡ് ചെയ്യുമ്പോൾ ഒന്നും ഉണ്ടാവില്ല മൊമെന്റ് ബൈ മൊമെന്റ് ഗൈഡൻസ് ആണ് അടുത്ത ക്ഷണം എന്താണെന്ന് നിങ്ങൾക്ക് നേരത്തെ അറിയില്ല അടുത്ത ക്ഷണം നിങ്ങൾക്ക് എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല ഈശ്വരന്റെ ഫീൽഡില് മെമ്മറിയോ ഫ്യൂച്ചറോ പാസ്റ്റോ ഇല്ല പ്രസന്റ് മോമെന്റ് മാത്രമേ ഉള്ളൂ ഈ ക്ഷണത്തിൽ എന്ത് വേണോ ആ നോളേജ് വരും ഈ ക്ഷണത്തിൽ എന്ത് ചെയ്യണോ ആ വഴി കാണും ഏത് വഴിക്ക് നടക്കണോ അങ്ങോട്ട് നടക്കും വലതുവശം തിരിയണോ വലതുവശം തിരിക്കപ്പെടും ഇടതുവശം തിരിയണോ ഇടതുവശം തിരിക്കപ്പെടും പക്ഷെ മുൻകൂട്ടി തന്നെ നിങ്ങൾ വലതുവശം തിരിയണോ ഇടതുവശം തിരിയണോന്ന് ചോദിച്ചാൽ സാധിക്കില്ല സോ ആ ഉള്ളിലുള്ള ഗുരു ആത്മനോ ഗുരു ആത്മൈവ പുരുഷ വിശേഷത ഉള്ളിൽ ഗുരു ഉണ്ട് ആ ഗുരു ഗൈഡൻസിന് തയ്യാറായിട്ടിരിക്കുന്നുണ്ട് പക്ഷേ ചെറുതായിട്ട് അദ്ദേഹത്തിന്റെ ശബ്ദം നമ്മളുടെ ഭാഷ കൊണ്ട് മറയ്ക്കപ്പെടുകയാണ് അദ്ദേഹത്തിന്റെ ശബ്ദം നമ്മളുടെ ശബ്ദം കൊണ്ട് കേൾക്കപ്പെടാതെ പോവുകയാണ് എപ്പോഴും വർത്തമാനം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട് ഹീസ് അൻ ഇറ്റേണൽ കമ്മ്യൂണിക്കേറ്റർ അൺഇന്റപ്റ്റഡ് എലക്വൻസ് ആ എലക്വൻസ് നമുക്ക് മനസ്സിലാവണില്ല ഉള്ളിൽ നിരന്തരം ഉപദേശിച്ചു കൊണ്ടിരിക്കണു വഴി കാണിച്ചുകൊണ്ടിരിക്കണു ശ്രദ്ധിക്കണില്ല ഒരു ഗുരുവിന്റെ അടുത്ത് ശിഷ്യൻ ഒരു വർഷം താമസിച്ചു ഗുരു മിണ്ടാതെ മൗനമായിട്ടായിരുന്നു ശിഷ്യൻ അവസാനം ചോദിച്ചു എന്താ ഉപദേശിക്കാത്ത ഗുരു പറഞ്ഞു ഭ്രൂമഹലു ത്വം തുചാരണാസി ഞാൻ ഉപദേശിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് നിനക്ക് മനസ്സിലായില്ലേ ഞാൻ എന്ത് ചെയ്യും എന്നാണ് വായ കൊണ്ട് വർത്തമാനം പറഞ്ഞ് ഉപദേശിച്ചാൽ ഒരു ആരംഭേണ്ട അവസാനമുണ്ട് പക്ഷെ ഈ ഉപദേശത്തിന് ആരംഭ അവസാനമൊന്നുമില്ല അവിഛിന്നമായ ഉപദേശമാണ് നിനക്ക് മനസ്സിലായില്ലെങ്കിൽ അതുപോലെ അന്തര്യാമിയായ ഭഗവാൻ നിരന്തരം വഴി കാണിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ബട്ട് യു ഹാവ് ടു ഫോൾ ഇൻ ടു Stream of awareness. Stream of guidance. That word is the power of language, the way. That word is the power of the way. We are learning Tamil, Malayalam, Sanskrit, English. Language, that word is the power of the way. That word is the power of the way. One thing is the power of the way. നോക്കൂ എങ്ങനെ ആ ഗൈഡൻസ് വരണമെന്ന് പറയാം തിരുവണ്ണാമലയിൽ പൗർണമിക്ക് ഭയങ്കര തിരക്കാണ് ഇപ്പോ ഒരു പതിനൊന്ന് വർഷമായി ഒരു പ്രതിഭാസാണ് മുമ്പൊന്നും ഈ തിരക്കില്ല ഒരു പതിനൊന്ന് വർഷമായിട്ടുള്ളൂ ഈ തിരക്ക് ഭയങ്കര തിരക്കാണ് ഭയങ്കര തിരക്ക് വെച്ചാൽ രണ്ട് ലക്ഷം പേരൊക്കെ ഉണ്ടാവും പ്രദക്ഷിണത്തിന് അപ്പൊ ഞങ്ങളവിടെ കുറേ കാലമായിട്ട് അവിടെ പരിചയമുള്ള ആളുകൾക്ക് കുറച്ച് വിഷമുണ്ട് ഈ തിരക്കൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ഒരു തിരക്ക് ഈ പൗർണമി ഒരു ദിവസമേ ഉണ്ടാവുള്ളൂ ആ തിരക്ക് അപ്പോ രമണ ഭഗവാന്റെ സമാധിസ്ഥാനത്ത് ധാരാളം തിരക്കുണ്ടാവും എന്നാലും ഒരു നിശ്ചലമുണ്ടാവും ശാന്തമായിട്ട് അവിടെ വരുന്നവർ തനിയെ കുറേയൊക്കെ ശാന്തമായിക്കോളും ആ പൗർണമി തിരക്കിനിടെ പോലും ചിലപ്പോ ആ നിശ്ചലമായിട്ടിരിക്കും അപ്പോ ഒരു ഞായറാഴ്ച പൗർണമിയാണ് നല്ല തിരക്ക് ഞാൻ അതിനകത്തേക്ക് അയറിപ്പോയി ഒരു മുന്നൂറ് പേരുണ്ട് അവിടെ അവിടെ അവിടെ ആയിട്ട് ഇരിക്കുന്നുണ്ട് ഒക്കെ വേറെ വേറെ ആളുകളാണ് പല സ്ഥലങ്ങളിലായിട്ട് ഇരിക്കുന്നുണ്ട് അകത്ത് ചെന്നപ്പോ തന്നെ ഓ ഈ തിരക്കിലും നിശ്ചലമായിട്ടുണ്ട് ഭഗവാന്റെ സമാധി മുമ്പിൽ ചെന്ന് ഞാനവിടെ നിന്നു പതിവ് പോലെ നമസ്കരിച്ചു ഒരു പ്രദക്ഷിണം വെച്ചു കൂടെ രണ്ടു മൂന്ന് പേരുണ്ട് പ്രദക്ഷിണം വെച്ച് പുറത്തു വരാം പുറത്തു വരുമ്പോൾ അവിടെ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പയ്യൻ അയാളെ പ്രദക്ഷിണത്തിന് പോണ വഴിയാണ് അവിടെ കയറിയതാണ് ഇരുന്ന് ധ്യാനിക്കുകയാണ് കണ്ണ് തുറന്നതും അവൻ എന്റെ പുറകെ വന്നു പുറകെ വന്നിട്ട് രമണ മഹർഷിയുടെ ഉപദേശം എന്താണ് ചോദിച്ചു ഒരു അഞ്ചു മിനിറ്റ് ഞാൻ പറഞ്ഞു കൊടുത്തു ഇയാൾ വന്ന് ധൈര്യമായിട്ട് എന്റെ അടുത്ത് വന്ന് ചോദിച്ചപ്പോ അപ്പൊ ഞാൻ ധരിച്ചു എവിടെങ്കിലുമൊക്കെ എന്നെ കണ്ടിട്ടുണ്ടാവുമായിരിക്കും എവിടെയെങ്കിലുമൊക്കെ അല്ലെങ്കിൽ പ്രഭാഷണം കേട്ടിട്ടുണ്ടാവുമായിരിക്കും എന്തെങ്കിലും പരിചയം കാരണായിരിക്കും എന്റെ അടുത്ത് വന്ന് ചോദിക്കുന്നത് അല്ലെങ്കിൽ ഒന്ന് ചോദിക്കാൻ ഒരു ലോജിക്ക് ഇല്ലല്ലോ അപ്പൊ ഇയാള് എഴുന്നേറ്റ് വന്ന എന്റെ അടുത്ത് വന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു കൊടുത്തു പറഞ്ഞു കൊടുത്തിട്ട് ഞാൻ ചോദിച്ചു എന്നെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം എന്ന് ചോദിച്ചു അയാള് പറഞ്ഞു എനിക്കറിയില്ല എനിക്കറിയില്ല പിന്നെ എങ്ങനെയാ എന്റെ പുറകെ വന്ന് ചോദിച്ചു ഞാൻ ആരുടെടുത്തോ ഒരു സ്വാമിയുടെ അടുത്തോ ഗുരുവിന്റെ അടുത്തോ എനിക്ക് അധ്യാത്മമായിട്ട് ഉപദേശം കിട്ടണം എന്ന് പറഞ്ഞു അദ്ദേഹം പറഞ്ഞു അരുണാചലത്തിന് മൂന്ന് പ്രാവശ്യം പൗർണമി പ്രദക്ഷിണം ചെയ്യാം മൂന്നാമത്തെ പ്രദക്ഷിണം കഴിഞ്ഞ് മഹർഷിയുടെ സമാധിയുടെ മുമ്പിൽ പോയി കണ്ണടച്ചിരിക്കൂ കണ്ണ് തുറന്നിട്ട് ആദ്യം കാണുന്ന ആളുടെ അടുത്ത് ചോദിക്കാം കണ്ണ് തുറന്നിട്ട് ആദ്യ ആരെ മുമ്പിൽ കാണുന്നു അവരിടത്ത് ചോദിക്ക അവരെന്താ പറയണതെന്ന് വെച്ചാൽ അത് എടുത്തോളാം ഇയാൾ എന്നെ മുൻകൂട്ടിയൊന്നും അറിയില്ല കണ്ടിട്ടില്ല ഒന്നുമല്ല കണ്ണു തുറന്ന ഞാൻ തന്നെയാ കണ്ണുപ്പെട്ടത് ചോദിച്ചു ഈ ഗൈഡൻസ് എവിടുന്ന് വന്നു ടോട്ടലി ഇല്ലോജിക്കലാണ് അല്ലെ അതെങ്ങനെയാ നമ്മൾ യുക്തി ചിന്തിച്ചാൽ എന്ത് പറയും കണ്ണു തുറന്ന് ആരെങ്കിലും നിൽക്കണ്ടാവും അവർ ചോദിച്ചാൽ ഞാൻ മഹർഷിയെ കണ്ട് എനിക്കറിയില്ല എന്ന് പറഞ്ഞാൽ എന്തിയും എനിക്ക് ഉപദേശമൊന്നും എനിക്കറിയില്ല എന്ന് പറഞ്ഞാൽ എന്തിയും ഇങ്ങനെയൊക്കെ നമ്മളുടെ ബുദ്ധി ചോദിക്കും പക്ഷേ നമുക്ക് അറിയാത്തതും നമ്മളുടെ ബുദ്ധിയുടെ ഒരു സഹായമില്ലാതെ തന്നെ ആ ശക്തിയുടെ ഗൈഡൻസ് പെർഫെക്റ്റ് ആണ് വളരെ വിചിത്രമാണ് വഴി കാണിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ലേ ആശക്തിക്ക് നമ്മൾ വീണു കൊടുക്കണം അത്രയുള്ളൂ ആ സ്ത്രീമിന്റെ ഉള്ളിലേക്ക് ആ സ്രോതസിന്റെ ഉള്ളിലേക്ക് നമ്മൾ വീണുകൊടുക്കാൻ തയ്യാറായാൽ മൈ ആസക്തമനാഹാർത്ഥ യോഗം യുഞ്ചന് മതാശ്രയ എന്നെ ആശ്രയിക്കാം എന്ന് വെച്ചാൽ ആശ്രയം എന്താ അന്യാശ്രയാണാം ത്യാഗ അനന്യത നാരദൻ ഭക്തിസൂത്രത്തിൽ പറഞ്ഞു ഭഗവാനെ ആശ്രയിക്കുക എന്ന് വെച്ചാൽ എന്താ ഭഗവാനിപ്പോ ഒരാളെ കണ്ടിട്ടുകൊണ്ട് ആശ്രയിക്കാൻ ഭഗവാനെ ആശ്രയിക്കുക എന്ന് വെച്ചാലോ ഇതര വസ്തുക്കളെ ആശ്രയിക്കാതിരിക്കുക എന്നാണ് വേറൊന്നും ആശ്രയിക്കാതെ പരിപൂർണ ശ്രദ്ധ ട്രസ്റ്റാണ് എനിക്ക് വഴി കാട്ടപ്പെടും ധ്രുവൻ വീട്ടിൽ നിന്നും തപസ്സിനായിട്ട് ഇറങ്ങിപ്പോകുമ്പോ തനിക്ക് ആ ഒരു വഴി കാണിക്കുക ഒന്നും അറിയില്ല എങ്ങനെ വഴി കാണിക്കൂന്നും അറിയില്ല നാരദൻ എവിടുന്ന് വന്നു അഞ്ചു വയസ്സ് കുട്ടി ഇറങ്ങി പുറപ്പെട്ടതാ എവിടുന്ന് വന്നു നാരദ മഹർഷി മുമ്പിൽ വന്നു ഇത് നമുക്ക് പഴയ കഥ അല്ലെ നിങ്ങൾ നടന്നു നോക്കൂ നിങ്ങൾക്കും അതേപോലെ വരും ഭഗവാനെ ആശ്രയിച്ചുകൊണ്ട് യോഗം എന്ന് വെച്ചാൽ അധ്യാത്മസാധന എന്നർത്ഥം യോഗം എന്ന് വെച്ചാൽ പ്രാണായാമാതി യോഗം എന്ന് മാത്രം അർത്ഥമല്ല .....any kind of spiritual practice. ഏത് രീതിയിലുള്ള സാധനയാവട്ടെ ഭക്തിയോ ജ്ഞാനമോ ഏത് മാർഗത്തിലാവട്ടെ നമ്മളെ ഗൈഡൻസിനുള്ള ഒരു പവർ ഉണ്ട് ഗർഭത്തിൽ കിടക്കുമ്പോ ഏതൊരു ശക്തി നിങ്ങൾക്ക് ഭക്ഷണം തന്നുവോ ഗർഭത്തിൽ കിടക്കുമ്പോ ഏതൊരു ശക്തി നിങ്ങളെ സംരക്ഷിച്ചോ ആ ശക്തി നിങ്ങൾ ഗർഭത്തിൽ നിന്ന് പുറത്തു വന്ന ശേഷം മരിച്ചു സദാ അത് പുറകുണ്ട് സദാ അതിന്റെ സംരക്ഷണ ഉണ്ട് അതിന്റെ വഴി കാണിക്കലുണ്ട് എല്ലാണ്ട് നമ്മുടെ മഹർഷി കാണാൻ വന്ന് മഹർഷിയുടെ പാർശ്വന്മാരുടെ കുഞ്ചുസ്വാമി പാലക്കാട് തിരുവണ്ണാമലയ്ക്ക് വന്നു പഴയ കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ പറയും പാലക്കാടും തിരുവണ്ണാമലയ്ക്ക് വരാൻ കയ്യിൽ പൈസയില്ല അന്ന് അവിടുന്ന് അരുണാചലത്തിലേക്ക് വരണമെങ്കില് എത്രയോ അണ കണക്ക് ട്രെയിനിന് വേണം അത് നോക്കിയപ്പോ ഒരു ദിവസം ഈ വിഷമത്തോടുകൂടി കിടന്നുറങ്ങിയപ്പോ സ്വപ്നത്തില് ശിവൻ വന്നിട്ട് പറയാണ് ഇന്ന മരത്തിന്റെ ചുവട്ടിൽ പോയി നോക്കൂ എന്ന് ആ മരത്തിന്റെ ചവിട്ടിൽ പോയി നോക്കി ഇത്ര അണ പണം അവിടെ കിടക്കേണ്ട സ്വാമി അതെടുത്തിട്ടാണ് ടിക്കറ്റ് വാങ്ങിച്ചത് ട്രെയിനിൽ എന്നിട്ട് കാട്ട്പാടിയിൽ വന്ന് ഇറങ്ങിയിട്ട് വിശക്കണമെന്ന് പറഞ്ഞാൽ അതിന് കുറച്ച് പണമെടുത്തിട്ട് എന്തോ പഴോ എന്തോ വാങ്ങിക്കഴിച്ചു പണം പിന്നെ തികഞ്ഞില്ല അവിടുന്ന് തിരുവണ്ണാമലയ്ക്ക് വരെ പിന്നെ അവിടുന്ന് ടിക്കറ്റ് ചോദിച്ചപ്പോ നാലെണ്ണ കുറയണോ റെയിൽവേ ട്രാക്കിൽ നോക്കിയപ്പോ എന്തോ മിന്നണു ഇറങ്ങി നോക്കിയപ്പോ നാലെണ്ണ നാലെണ്ണയുള്ളൂ അതിൽ കൂടുതലില്ല കുഞ്ചുസ്വാമി പറയും ലാസ്റ്റ് വരെ കുഞ്ചുസ്വാമി പറയും ഭഗവാൻ നമുക്ക് എന്താ വേണ്ടെന്ന് വെച്ചാൽ അത് തരും കൂടുതലൊന്നും തരില്ല കറക്റ്റായിട്ട് നാലെണ്ണം അവിടെ കിടക്കേണ്ടതെന്നാണ് ടിക്കറ്റിനുള്ള പൈസ ആയിട്ട് ആ ശക്തി എപ്പോഴും ഗൈഡൻസ് ഉണ്ട് മൈ ആസക്തമനാഹ ഭഗവാനിൽ ആസക്തി എന്ന് വെച്ചാൽ ഭഗവാൻ തന്നെ നമുക്ക് ലക്ഷ്യമായാണ് രണ്ട് കൈയും വിട്ടിട്ട് മരത്തിന്റെ പകളെന്ന് ചുവട്ടിലേക്ക് ചാടുന്ന ആളെ പോലെയാണ് ഭക്തൻ എന്ന് രാമകൃഷ്ണ പരമഹംസരുടെ ഒരു എക്സാമ്പിൾ ആണ് എന്ന് വെച്ചാൽ രക്ഷിക്കും രക്ഷ്യ തീതി വിശ്വാസ രാമാനുജാചാര്യർ പറഞ്ഞ ഒരു ലക്ഷണമാണ് രക്ഷിഷ്യതീതി വിശ്വാസം ഭഗവാൻ രക്ഷിക്കുമെന്നുള്ള വിശ്വാസം വിശ്വാസം എന്ന് വെച്ചാൽ എന്താ അത് വിശ്വാസം എന്ന് വെച്ചാൽ ഭൂതപരിതത്തിലുള്ള വിശ്വാസം പോലെയല്ല അത് സത്യമാണെന്നാണ് പ്രകൃതിയിൽ അത് നടന്നുകൊണ്ടേ ഇരിക്കണമല്ലോ അത് അറിഞ്ഞുകൊണ്ട് അത് പ്രകൃതിയിൽ കാണപ്പെടുന്നതാണത് അത് ഫാക്ടാണ് ആ വിശ്വാസത്തോടുകൂടെ ആ ശ്രദ്ധയോടുകൂടെ മൈ ആസക്തമനാഹാ ഹേ പാർത്ഥ യോഗം യുഞ്ചന് യോഗ സാധന എന്ത് സാധനയാണെന്ന് വെച്ചാൽ ആ സാധന ചെയ്യുന്നു മതാശ്രയ ഭഗവാനെ തന്നെ ആശ്രയിച്ചുകൊണ്ട് മൈ ഭക്ഷ്യമാണ് വിശേഷണേ പരമേശ്വരെ ഇനി പറയാൻ പോകുന്ന മൈ ഇനിയിപ്പോ പറയാൻ പോണത് ഭാഷ്യാഴ് പറയണത് അതാണ് ഈ അധ്യായത്തിൽ ഇനി ഭഗവാന്റെ സ്വരൂപത്തിനെ വർണ്ണിക്കാൻ പോവാണ് ആ ഭഗവാനെ അറിഞ്ഞുകൊണ്ട് ആശ്രയിക്കാൻ സറണ്ടർ വിത്ത് നോളജ് Surrender with Awareness. Visheshane Parameshware Asaktam Manaha സരേണ്ട വിസ് വക്ഷ്യമാണവിശേഷണേ പരമേശ്വരെ ആസക്തം മനഃ യസക്തമനോ യുജൻ മനസ്സമാധാനം കുറവൻ മദശ്രയ Parameshwaraha പരമേശ്വര ആശ്രയ Saha മതാശ്രയ യോ ഹി Kenachit Arthi കിത് Satat സാധനം Karma. അഗ്നിഹോത്രാദി തപഹ ദാനം വഞ്ചിത് ആശ്രയം പ്രതിപദ്ധ്യത വളരെ ക്ലിയർ ലൗകികമായി എന്തെങ്കിലും സാധിക്കാനുള്ള ആഗ്രഹമുള്ളവൻ അതിനനുസരിച്ച് എന്തെങ്കിലും ഒരു സാധനം ചെയ്യും ഇപ്പോ പണം സമ്പാദിക്കണം എന്ന് വരുമ്പോ നമ്മളുടെ വിദ്യാഭ്യാസം മുഴുവൻ അതിനുവേണ്ടിയാണല്ലോ അതുകൊണ്ട് ഏത് പഠിപ്പ് പഠിച്ചാലാണ് ധാരാളം പണം കിട്ടുക അത് പഠിക്കാം ഡോക്ടറാവണത് ഇപ്പൊ എല്ലാവരും സർവീസിന് വേണ്ടിയിട്ടാണോ അല്ല അധിക ആളുകളും കുറച്ച് പേര് പ്രസ്റ്റീജാണ് കുറെ പേര് അത് കഴിഞ്ഞിട്ട് ധാരാളം പണം കിട്ടും പ്രസ്റ്റീജ് പോലും പണമാണ് കാരണം ഇപ്പൊ ഡോക്ടറായിട്ട് പണമൊന്നും കിട്ടില്ലെങ്കിൽ അതിന് പ്രസ്റ്റീജ് ഉണ്ടാവില്ല ധാരാളം പണം കിട്ടുന്നുള്ളത് കൊണ്ടാണ് അമ്പത് ലക്ഷമൊക്കെ കൊടുത്തിട്ട് സീറ്റ് വാങ്ങിക്കുന്നത് ഒമ്പത് ലക്ഷം കൊടുത്ത് സീറ്റ് വാങ്ങിച്ചിട്ട് അയാളുടെ ഡോക്ടറായിട്ട് ഞാനൊരു ജലദോഷമായിട്ട് പോയാൽ എന്നെ വെറുതെ വിടുവോ എന്താ അയാൾക്ക് ഞാൻ നടന്നു വരുന്ന കുറെ ആയിരം രൂപ നോട്ടിന്റെ രൂപം മാത്രമാണ് ആയിരം രൂപ നോട്ടാണ് നടന്നു വരുന്നത് ഒരു വ്യക്തിയല്ല അല്ലെ അപ്പൊ അയാൾ എന്നെ കണ്ടാൽ വെറുതെ വിടില്ല കാരണം അയാൾക്ക് പണം പണം വാങ്ങിക്കണമെന്ന് മാത്രമേ ലക്ഷ്യമുണ്ടാവുള്ളൂ അതേപോലെ അധ്യാത്മത്തിലാവട്ടെ ഇയാളിപ്പോ ഗീതയും ഭാഗവതവും ഉപനിഷത്തൊക്കെ പഠിക്കണത് പ്രസിദ്ധിക്ക് വേണ്ടിയോ വേറെ എന്തിനെങ്കിലുമൊക്കെ വേണ്ടി ലക്ഷ്യം വെച്ചുകൊണ്ടാണെങ്കിൽ അല്ലെങ്കിൽ പ്രസംഗം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ പഠിക്കണത് എന്തിനാ ഇതുപോലെ പ്രസംഗം ചെയ്യാം പ്രഭാഷണം ചെയ്യാം നല്ല നടവരവാണിപ്പോ അതിനാ അതിനു വേണ്ടിട്ടാണ് ഇത് എന്ന് വെച്ചാലോ അപ്പോ അത് അതിനു വേണ്ടിയായി അപ്പം പോയി എല്ലാം ലക്ഷ്യം പോയി നോക്കൂ ലക്ഷ്യത്തിന് സ്ലിപ്പാവണത് വളരെ എളുപ്പമാണ് കുറെ സന്യാസികൾ എന്റെ അടുത്ത് പറഞ്ഞിട്ട് ഞങ്ങളൊക്കെ വളരെ സിൻസിയറായിട്ട് ഈ മാർഗത്തിൽ വന്നതാണ് പക്ഷെ വന്നു കഴിഞ്ഞു വേറെ എന്തൊക്കെയോ ലക്ഷ്യമായി പോയി എന്തൊക്കെയോ ഉണ്ടാക്കിയെടുക്കലായിപ്പോയി ചിലതൊക്കെ ഞങ്ങളുടെ തന്നെ കുഴപ്പം ചിലത് ഏതെങ്കിലും സംഘടനയിൽ അവരുടെ നിർബന്ധം സന്ദർഭം സാഹചര്യം ഒക്കെ കാരണം കുറെ കഴിയുമ്പോ അവസാനമാവുമ്പോ ഞങ്ങൾ തീരുമാനിച്ചു ഇതൊന്നും സാധിക്കില്ലേ ഈശ്വര സാക്ഷാത്കാരം ഭക്തി ഇതൊന്നും സാധ്യല്ല അതുകൊണ്ട് ഞാൻ പോവാ തീരുമാനിച്ച് അവസാനിപ്പിച്ചു അപ്പൊ എന്താ ലക്ഷ്യം പോയി ലൗകികമായ എന്തെങ്കിലും ലക്ഷ്യം മുമ്പിലുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇപ്പൊ ആചാര്യസ്വാമികൾ പറയണത് സ്വർഗം മുതലായിട്ടുള്ള എന്തെങ്കിലും ലക്ഷ്യം ഒരാൾക്കുണ്ടെങ്കിൽ അയാള് അതിന് സാധനമായിട്ടുള്ള അഗ്നിഹോത്രാദി കർമ്മമോ തപസ്സോ ദാനമോ എന്തിനെങ്കിലുമൊക്കെ ഒരു ആശ്രയമായിട്ട് പ്രതിപദിക്കും ആശ്രയമായിട്ട് സ്വീകരിക്കും അത് നേടിയെടുക്കാനായിട്ട് പക്ഷേ അയം തു യോഗി മാമേവ ആശ്രയം പ്രതിപദ്ധ്യത ഹിത്വ അന്യ സാധനാന്തരം മയ്യേവ ആസക്തമനാഹ പക്ഷെ ഉത്തമഭക്തൻ വേറെ ഒരാശ്രയവും അയാൾ ഒന്നിനെയും ഒരു ടെക്നിക്കും ഒരു മെത്തേഡും ഒന്നും ആശ്രയിക്കണില്ല ആശ്രയം അയാളുടെ ലക്ഷ്യവും ഞാനാണ് അയാളുടെ മാർഗവും ഞാനാണ് അയാളുടെ ഗൈഡൻസും ഞാനാണ് അയാളുടെ പുസ്തകം ഞാനാണ് അയാളുടെ അറിവ് ഞാനാണ് അബ്സലൂട്ട് മാമേവ ആശ്രയം പ്രതിപദ്ംഭൂതാ സൻ ആശ്രയം സമഗ്രം സമസ്ത വിഭൂതിബലശക്തി ഐശ്വരയാദിഗുണസമ്പന്നം മാം ഇവിടെ മാമെന്ന് പറയുന്നത് ആരാ സമസ്ത വിഭൂതി ബല ഐശ്വര്യ ഐശ്വര്യാദി ശക്തി ഐശ്വര്യാദി ഗുണസമ്പന്നം സഗുണമായ ഭഗവാന്റെ സ്വരൂപം എന്ന് വെച്ചാൽ നമ്മൾ കണ്ണു തുറന്ന് പ്രകൃതിയെ കാണുമ്പോ പ്രകൃതിയിൽ എന്തൊക്കെ ശക്തികളുണ്ടോ ആ ശക്തിയുടെ ഒക്കെ തന്നെ മൂലരൂപമാണ് ഭഗവാൻ പ്രകൃതി റിഫ്ലക്ഷനാണ് അതിന്റെ ബിംബമാണ് ഭഗവാൻ അപ്പോ സമസ്ത ഐശ്വര്യ ശക്തിയാദി വലസമ്പന്നം ഈശ്വരം ഈശ്വരനെ ആശ്രയിക്കുകയാണ് നമ്മളെയല്ല നമ്മളുടെ ഫലത്തിനെയല്ല പെർഫെക്റ്റ് ഗൈഡൻസ് അവിടുന്ന് വരും എന്ന് വിശ്വാസത്തോടുകൂടെ ഭഗവാനെ മാമേവ ആശ്രയത്തെ ഭഗവാനെ തന്നെ ആശ്രയിക്കുന്നു അങ്ങനെയുള്ള ആള് സമഗ്രം മാം ഞാസ്യസി കംപ്ലീറ്റ് ആയിട്ട് അറിയും നമ്മള് എന്തെങ്കിലും ഒരു മാർഗത്തിൽ സാധന ചെയ്താൽ ആ മാർഗത്തിലുള്ള നോളജ് മാത്രമേ നമുക്ക് വരുള്ളൂ അധ്യാത്മത്തിൽ പോലും അധ്യാത്മത്തിൽ പോലും നിങ്ങൾ യോഗ സാധന ചെയ്യൂ യോഗത്തിനെക്കുറിച്ചുള്ള അറിവ് വരും നിങ്ങൾ ഭക്തി സാധന ചെയ്യൂ ഭക്തിയെക്കുറിച്ചും ഭക്തി മാർഗത്തിനെ കുറിച്ച് അറിയും നിങ്ങൾ ജ്ഞാനസാധന ചെയ്യൂ ജ്ഞാനമാർഗത്തിലുള്ള തെളിവുണ്ടാവും ഇൻസൈറ്റ് ഉണ്ടാവും പൂർണ്ണ പൂർണ്ണരായ മഹാത്മാക്കളെ നോക്കൂ അവരുടെ എല്ലാ ഡയമെൻഷൻസും ഉണ്ടാവും അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ അവരൊരു സാധനയും ചെയ്തില്ല പരിപൂർണമായും ഉള്ളിലുള്ള അന്തർയാമയ്ക്ക് ശരണാഗതി ചെയ്യാണ് എന്നാൽ പല സാധനയും അവരുടെ ശരീരം ചെയ്യും അത് അവര് ചെയ്യണതല്ല ഉള്ള ഗൈഡൻസിനനുസരിച്ച് ചിലപ്പോ ഭക്തരായിരിക്കും ചിലപ്പോ ജ്ഞാനികളായിരിക്കും ചിലപ്പോ യോഗികളായിരിക്കും ചിലപ്പോ കർമ്മയോഗികളായിരിക്കും ചിലപ്പോ രാജയോഗികളായിരിക്കും ചിലപ്പോ ജ്ഞാനികളായിരിക്കും ജീവൻ മുക്തന്മാര് സമഗ്ര സമ്പൂർണരായിരിക്കും അതിന് കാരണം എന്താന്ന് വെച്ചാൽ ജീവൻ മുക്തൻ എന്ന് പറഞ്ഞ ഒരാളില്ല ജീവൻ മുക്തൻ എന്ന് പറഞ്ഞ അവിടെ ഒരാളില്ല ആ അഹങ്കാരവിടുന്ന് പോയി കഴിഞ്ഞാൽ ഭഗവാനാണ് ആ ശരീരത്തിൽ കൂടിയിരിക്കുന്നത് ഭഗവാൻ മാത്രമേ ഉള്ളൂ അവിടെ ജീവൻ എന്ന് പറഞ്ഞൊരു അഹന്ത അവിടെ സ്ഥാനമേ ഇല്ല അപ്പോ അധ്യാത്മ സാധന രണ്ടുവിധത്തിലാവും ഒന്ന് നമ്മൾ ഡ്രൈവിംഗ് പഠിച്ച് കഷ്ടപ്പെട്ട് ഇപ്പൊ ഇവിടുന്ന് പാലക്കാട് പോകണമെങ്കിൽ ഞാൻ ഡ്രൈവിംഗ് പഠിച്ചിട്ട് കാർ ഓടിച്ചുകൊണ്ട് പോകാം നല്ല ഡ്രൈവറുടെ കൈ കൊടുത്തിട്ട് ബാക്ക് സീറ്റിൽ ഉറങ്ങാം അതുപോലെ ഒന്ന് ഈ ഈഗോ അതിന് കുറച്ച് പെർഫെക്ഷനൊക്കെ മനസ്സിലാക്കി ചെയ്യുന്ന ഒരു സ്റ്റേജുണ്ട് രണ്ട് ഈഗോ ആദ്യം തന്നെ ശരണാഗതി ചെയ്യണം അഹങ്കാരം ആദ്യം തന്നെ അന്തർയാമിയായ ഭഗവാന് അന്നമായിട്ട് തീരുകയാണ് ശരണാഗതി ചെയ്യുക ഞാൻ ആളല്ല എന്ന് പറഞ്ഞ് അങ്ങോട്ട് സറണ്ടർ മൈ ആസക്ത മനാഹപാർത്ഥ ഭഗവാനെ ആശ്രയിച്ചുകൊണ്ട് ഭഗവത് ലക്ഷ്യത്തോടുകൂടെ ആ യോഗം അനുഷ്ഠിക്കുന്നു അയാള് സമഗ്രമായി എങ്ങനെയാണോ ഭഗവാനെ അറിയണത് അങ്ങനെ ഞാൻ പറഞ്ഞുതരാം കേട്ടോളിച്ചാൽ അർജുനന് ഗീത ഉപദേശിക്കുന്നതും നമ്മളുടെ ഉള്ളിലുള്ള അന്തർയാമയായിരിക്കണതുമായ ഭഗവാൻ ഒന്ന് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ നല്ല പക്വമായാൽ ഭഗവത്ഗീത എന്നുള്ള പുസ്തകം പോലും ആവശ്യമില്ല സമഗ്രം ഞാസ്സി ഈ പുസ്തകമില്ലാതെ തന്നെ ഇത് മുഴുവൻ ഉള്ളെന്നറിയും രാമകൃഷ്ണ പരമവംശർക്ക് ഒരു ശിഷ്യനുണ്ടായിരുന്നു ലാട്ടു മഹാരാജ് വിവേകാനന്ദ സ്വാമികൾ എല്ലാവർക്കും സന്യാസം കൊടുത്തപ്പോ അദ്ദേഹത്തിന് സഹോദര സന്യാസിയാണ് അദ്ദേഹത്തിന് എന്ത് പേരാ കൊടുത്തതെന്ന് വെച്ചാൽ അത്ഭുതാനന്ദ എന്നാണ് എന്താ അത്ഭുതാനന്ദ പേര് കൊടുക്കാൻ കാരണം എന്ന് വെച്ചാൽ കാ എന്നൊരു അക്ഷരം എഴുതാൻ പോലും അറിയില്ല പിന്നെ പുസ്തകം വായിക്കുന്ന കാര്യം പറയുക വേണ്ട ഒന്നും എഴുതാൻ അറിയില്ല യാതൊന്നും എഴുതാൻ അറിയില്ല പഠിക്കാനറിയില്ല പക്ഷേ അവസാന കാലത്ത് നമ്മളിവിടെ സദാശിവ ബ്രഹ്മേന്ദ്രസ്വാമികളെയൊക്കെ പറയണ പോലെ അവതൂതനായിട്ട് നടക്കായിരുന്നു ഉപനിഷത്തൊക്കെ പറഞ്ഞാൽ അർത്ഥം പറയും മന്ത്രാർത്ഥം എവിടെയെങ്കിലുമൊക്കെ തെറ്റിപ്പോയാൽ പറഞ്ഞു കൊടുക്കും സ്മൃതിക്കഥ എന്ന് പറഞ്ഞു ബംഗാളിയിലെ അദ്ദേഹത്തിന്റെ ജീവചരിത്രം വളരെ പ്രസിദ്ധമാണ് ഉപനിഷത്തൊക്കെ പറഞ്ഞു കൊടുക്കും ഈതയൊക്കെ പറയും ഇതൊക്കെ ഈ അറിവൊക്കെ എവിടെ നിന്ന് വന്നു ഒക്കെ ഒരു ആവരണം ഒരു ചെറിയ ആവരണം ഒരു മറുണ്ട് ആ മറ ഇങ്ങോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ ടാഗോർ പറയുന്ന പോലെ ടാഗോർ ഒരു ഹൗസ് ബോട്ടിൽ ഇരുന്നു സൗന്ദര്യത്തിന്റെ കവിത എഴുതായിരുന്നു കുറച്ച് ലൈൻസ് വന്നു പിന്നെ കട്ട് ചെയ്തു പിന്നെയും എഴുതി പിന്നെയും കട്ട് ചെയ്തു അവസാനം കുറച്ച് ഡിപ്രസ്ഡ് ആയിട്ട് രാത്രി സമയമാണ് ആ ഹൗസ് ബോട്ടിന്റെ ജനൽ അങ്ങോട്ട് തുറന്നിട്ടതും പുറമേക്ക് പൗർണിമയാണ് ആ പൂർണിമ ചന്ദ്രൻ ആ ധവളപ്രകാശം ഉള്ളിലേക്ക് അങ്ങനെ ഇറങ്ങി വരികയാണ് അപ്പൊ ടാഗോർ പറയാണ് ഐ വാസ് റൈറ്റിംഗ് എ പോയട്രി ഓൺ ബ്യൂട്ടി ഓൾ ദ വെയിൽ ബ്യൂട്ടി വാസ് വെയിറ്റിംഗ് ഔട്ട് ഫോർ മീ ടു ഓപ്പൺ ദ ഡോർസ് ഞാൻ വാതിൽ തുറക്കാനായിട്ട് സൗന്ദര്യം കാത്തുകൊണ്ടിരിക്കുകയായിരുന്നു സൗന്ദര്യം പുറത്ത് നിൽക്കുക ഞാൻ ഉള്ളിലിരുന്ന് സൗന്ദര്യത്തിനെ കുറിച്ച് കവിത എഴുതിക്കൊണ്ടിരിക്കുക ഭഗവാന്റെ വൈഭവം ഈ പ്രപഞ്ചം തന്നെ വൈഭവമാണ് മഹിമയാണ് തുറന്നു കൊടുത്തു കഴിയുമ്പോൾ ഉള്ളിൽ ആ ചെറിയൊരാണം ആവരണം നീങ്ങുക മാത്രമേ വേണ്ടൂ ആ ആവരണം അങ്ങോട്ട് ഉള്ളങ്ങൾ നീങ്ങിയാൽ എല്ലാ അറിവും കയ്യിലിരിക്കുന്നത് നെല്ലിക്ക പോലെയാണ് എന്നുവെച്ചാൽ അയാൾക്ക് തെലുങ്കറിയോ ഫ്രഞ്ച് അറിയോ ജർമ്മൻ അറിയോ ഒന്നും ചോദിക്കാൻ പാടില്ല എന്ത് വേണോ ഏതാവശ്യമുണ്ടോ അതറിയും ഹീ വിൽ ബിക്കം എ ഫോഴ്സ് ഉപനിഷത്ത് തന്നെ പറയണത്തെ ചുഴലിക്കാറ്റ് പോലെ ചന്ദ്രനെ പോലെ സൂര്യനെ പോലെ ഇടിമിന്നൽ പോലെ ജ്ഞാനിയും ഒരു ശക്തി മാത്രമാണെന്ന് ആ ശക്തിക്ക് സ്വേച്ഛയില്ല ഏതോ ശക്തിക്കനുസരിച്ച് അത് പ്രവർത്തിക്കും അതുപോലെ ഈ ജ്ഞാനിയുടെയും ശരീരം ലോകത്തിൽ പ്രവർത്തിക്കും എന്ത് വേണോ അത് ചെയ്യും സ്വതന്ത്രമായി ഇന്നതെന്ന് പറഞ്ഞിട്ട് നമുക്കൊന്നും എടുക്കാൻ പറ്റില്ല അഹങ്കാരം അഭിമാനം അജ്ഞാനം ഉള്ളുന്നു പോയാൽ ആ ആവരണം അവിടെ നീങ്ങിയാൽ എല്ലാ ജ്ഞാനമോ അവിടെ ഉണ്ട് ഭഗവാൻ അതാണ് പറയണത് ആശ്രയിച്ചു കഴിഞ്ഞാൽ തേഷാം അഹം സമുദ്ധർത്ത എന്നൊരിടത്ത് പറഞ്ഞു മറ്റൊരു സ്ഥലത്ത് പറഞ്ഞു ജ്ഞാനദീപേന ഭാസ്വത ഉള്ളിലിരുന്ന അവരുടെ അജ്ഞാനത്തിനെ നാശയാമി ആത്മഭാവസ്ഥോ ജ്ഞാനദീപേന ഭാസ്വത അന്തര്യാമിയായിരിക്കുന്ന ഭഗവാൻ ഉള്ളിലിരിക്കുന്ന ആവരണത്തിനെ ഇങ്ങോട്ട് നീക്കും നിരാവരണ ദൃഷ്ടിയായി തീരും അവൻ നിരാവരണ ദൃഷ്ടി അവന്റെ നിരാവരണം തന്നെയാണ് നിർവാണം നിർവാണം നിരാവരണം രണ്ടും ഒന്ന് തന്നെ നിരാവരണം തന്നെയാണ് നിർവാണം ആ ആവരണം ഇങ്ങോട്ട് നീങ്ങിയാൽ നിർവാണം നമ്മളുടെ സ്വരൂപ്പാണ് ബുദ്ധിയിലുള്ള ആ ചെറിയ മറ ആ മറം ഇങ്ങോട്ട് നീങ്ങിക്കഴിയുമ്പോ അറിയാം ജീവൻ ഇല്ല ശിവനേ ഉള്ളൂ ഈശ്വരനേ ഉള്ളൂ പൂർണ്ണത്വമേ ഉള്ളൂ സർവജ്ഞത്വം യസ് സർവജ്ഞ സർവവിനമയം തപം പൂർണ്ണ വസ്തുവേ ഇവിടെ ഉള്ളൂ ജീവൻ എന്ന് പറഞ്ഞൊന്നുമില്ല എന്നറിയും എല്ലാ ജ്ഞാനവും എല്ലാ ശക്തിയും എല്ലാം ഇവിടെ ഉണ്ട് വേണമെങ്കിൽ പ്രവർത്തിക്കും എപ്പോഴും അത് സ്വേച്ഛയാ അതിനെ ഉപയോഗിക്കാൻ ഒരു അതുകൊണ്ട് സ്വേച്ഛയാ ഉപയോഗിക്കാന്നുള്ള ക്വസ്റ്റിനെ വരണില്ല അത് സ്വതന്ത്രമായി വേണമെന്നുള്ള പതു പ്രവർത്തിക്കും അപ്പോ ഭഗവാൻ ഇവിടെ പറയണത് ആരെന്നെ ആശ്രയിച്ചുകൊണ്ട് യോഗം ചെയ്യുന്നു അവർക്ക് സമസ്ത ജ്ഞാനമും ആവരണം നീങ്ങി അവരുടെ കയ്യിൽ കിട്ടും ഭഗവാൻ അർജുനനോട് പറയണത്താണ് അടുത്ത ശ്ലോകം നോക്കൂ തത്വം മദ്വി തച്ച ആ എന്റെ വിഷയമായ ജ്ഞാനം നിനക്ക് ഞാൻ തരാം ഇവിടെ അർജുനനോട് ഭഗവാൻ സംസാരിക്കണു എന്ന് വെച്ചാൽ അർജുനന് അത് കാണിച്ചു കൊടുക്കണു നമ്മളുടെ ഉള്ളിലിരുന്നു ഭഗവാൻ നമുക്ക് സമയമാവുമ്പോ കാണിച്ചു തരും അടുത്ത ശ്ലോകം നോക്കൂ ജ്ഞാനം ദേഹം സവിജ്ഞാനം ഇതം വക്ഷ്യശേഷൂയോയ ജാതവ്യം അവശിഷ്യം തേ അഹം സവി്യശേഷ ഭൂയ അന്യത്ത് ജ്ഞാതവ്യം അവശിഷ്യത്തെ സ്വാനുഭവയുക്തം വിജ്ഞാനസഹിതം കഥയിഷ്യാമി നിനക്ക് അറിവ് തരാം എന്ന് പറയാം ഭഗവാൻ ഈ അറിവ് എങ്ങനെയുള്ള അറിവാണ് എന്ന് വെച്ചാൽ സവിജ്ഞാനം ആ അറിവ് അനുഭവത്തോടുകൂടിയുള്ള അറിവ് ഈശ്വര കൃപ കൊണ്ടുവരുന്ന അറിവിനും പഠിച്ചുണ്ടാക്കുന്ന അറിവിനും ഒരുപാട് വ്യത്യാസമുണ്ട് പഴിച്ചുണ്ടാക്കുന്ന അറിവ് ഇറ്റി ഇറ്റി ഇറ്റി ഇറ്റി പൈപ്പില് അടച്ചു വെച്ചാൽ വെള്ളം ചൊട്ടിക്കൊണ്ടിരിക്കില്ല അതുപോലെയാണ് ഈശ്വര കൃപ കൊണ്ടുള്ളത് ഈ മഴ പോലെ അങ്ങനെ പേമാരി ചൊരിയലാണ് അതങ്ങനെ വർഷിക്കുമെന്നാണ് എപ്പോ വേണോ വരും വിജ്ഞാനാമൃതം അത്ഭുതം വരുഷത്തി അപ്പോ ഭഗവാനിവിടെ പറയണത് നനക്ക് ഞാൻ ജ്ഞാനമും തരാം വിജ്ഞാനവും തരാം ഭാഗവതത്തിൽ ചതുശ്ലോകി ഭാഗവതത്തിലും ഭഗവാൻ പറഞ്ഞിട്ട് ജ്ഞാനം വിജ്ഞാനസഹിതം ജ്ഞാനം വിജ്ഞാനത്തോടുകൂടെ തരാം സരഹസ്യം തദംഗം ചെഗ ഗൃഹാണഗതി തമ്മ അതേപോലെ ഇവിടെ ഗീതയിലും ഭഗവാൻ അർജുനനോട് പറയണത് നിനക്ക് അറിവ് തരാം അറിവ് മാത്രമല്ല അനുഭവത്തോടുകൂടെയുള്ള അറിവ് അത് പറഞ്ഞിട്ട് എന്താ പ്രയോജനം എന്നെ ജ്ഞാതവ്യം അവശിഷ്യത്തെ അതറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒന്നും അറിയാൻ ബാക്കിയില്ല അതാണ് വേദ അന്തം എന്ന് പറയണത് എൻഡ് ഓഫ് നോളജ് കംപ്ലീഷൻ ഓഫ് നോളജ് ഫുൾഫിൽമെൻറ്റ് ഓഫ് നോളജ് അറിവിൻ്റെ സമ്പൂർണത അറിവിൻ്റെ സമഗ്രത അറിവിന്റെ സമ്പത്തി അറിവ് പൂർണ്ണമാവുകയാണ് എവിടെ എവിടെയാണോ ഞാൻ ആനന്ദമയനാവണത് എവിടെയാണോ ആനന്ദസ്വരൂപനാവണത് കാരണം ആനന്ദമാണ് ലക്ഷ്യം ആനന്ദസ്വരൂപനാവണത് ദുഃഖം എന്നെ വിട്ടുപോകണത് ഭയം എന്നെ വിട്ടുപോകണത് ജിജ്ഞാസ എന്നെ വിട്ടുപോകണത് അവിടെ അറിവ് പൂർണ്ണമായി ഭയം വിട്ടുപോയി ജിജ്ഞാസ വിട്ടുപോയി ഒന്നും അറിയാനുള്ള ആഗ്രഹമില്ല യജ്ഞാ നേഹഭൂയോന്യത് ജ്ഞാത്യം അവശിഷ്യത്തെ അതറിഞ്ഞു കഴിഞ്ഞാൽ പിന്നൊന്നും അറിയാനുള്ള ആഗ്രഹമില്ല എന്നാണ് ആ അറിവിനെ ഞാൻ നിനക്ക് തരാം എന്ന് ഭഗവാനിവിടെ പറയാണ് കാർസ്മിയേനെ കഥയിഷ്യാമി കംപ്ലീറ്റ് ആയിട്ട് തജ്ഞാനം വിവക്ഷിതം സ്തൗതി സ സർവജ്ഞോഭവധീനം ഇതറിഞ്ഞ ആള് സർവജ്ഞനായിട്ട് തീരും സർവജ്ഞൻ എന്ന് വെച്ചാൽ ആ ജ്ഞാനി എല്ലാ വിഷയവും അറിയും എല്ലാ വിഷയവും അറിയും എന്ന് വെച്ചാൽ അയാളോട് പോയി എന്തും ചോദിക്കാവോ അങ്ങനെയല്ല സർവജ്ഞത്വം ഈശ്വരന്റേതാണ് ഒരു വ്യക്തിയുടെ അല്ല ആ സർവജ്ഞത്വം ഉള്ളിലുണ്ട് വേണമെങ്കിൽ ജ്ഞാനിയുടെ ബുദ്ധിയിലൂടെ ഇറ്റ് കാൻ ഓപ്പറേറ്റ് ആ പ്രോസസ് പലപ്പോഴും നടക്കില്ല നടന്നാൽ അത് സിദ്ധിയായിട്ട് മാറും ജ്ഞാനികൾക്കുള്ള സിദ്ധി യോഗികൾക്കുള്ള സിദ്ധിയും വ്യത്യാസമാണ് യോഗികൾക്കുള്ള സിദ്ധി അവര് കോൺഷ്യസ് ആയിട്ട് ഉപയോഗിക്കുന്നതാണ് ജ്ഞാനികൾക്കുള്ള സിദ്ധി വേണമെന്നുള്ളവ് നടക്കും അത് അവർ കോൺഷ്യസേ ആയിരിക്കില്ല അവർക്കറിയയില്ല ജ്ഞാനികളുടെ സിദ്ധി വളരെ ലാഘവത്തോടെ നടക്കും അതും മനസ്സുകൊണ്ടൊന്നും ചെയ്യുന്ന സിദ്ധിയല്ല വളരെ ലാഘവത്തോടുകൂടെ വളരെ ലാഘവത്തോടുകൂടി എനിക്ക് പരിചയുള്ള എം ബി ബി എസ് കഴിഞ്ഞ് അമേരിക്കയിൽ പോയി വലിയ ഡോക്ടറാണ് ഒരു സ്പെഷ്യൽ സ്പെഷ്യൽ സർജനാണ് അദ്ദേഹം ഒരു മഹാത്മാവിനെ വളരെ അടുപ്പുള്ള ആളാണ് കണ്ടു പരിചയപ്പെട്ട് വർത്തമാനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ആ മഹാപുരുഷൻ ആ സാധു അദ്ദേഹത്തിനടുത്ത് അദ്ദേഹത്തിന്റെ സർജറിയെക്കുറിച്ചൊക്കെ ചോദിച്ചു അപ്പൊ അദ്ദേഹ സർജറിയെക്കുറിച്ചൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു അപ്പോ ഈ ഡോക്ടർ തന്നെ പിന്നീട് പറഞ്ഞതാണ് അതിന്റെ സ്പെഷ്യൽ ടെക്നിക്കൽ നെയിംസും ഞാൻ പറയാൻ പോയില്ല കാരണം അദ്ദേഹത്തിന് അതൊന്നും അറിയാൻ ഒരു ചാൻസും അതുകൊണ്ട് ആ സർജറി എങ്ങനെ ചെയ്യുന്നൊക്കെ ഞാൻ പറഞ്ഞു അപ്പൊ അതെങ്ങനെ ഡീറ്റെയിൽസ് ചോദിച്ചുകൊണ്ടേ വന്നു ചോദിക്കുമോറും എനിക്ക് മനസ്സിലായത് അദ്ദേഹത്തിന് ഞാൻ വിചാരിക്കുന്നതിനേക്കാളും കൂടുതൽ അറിയാം സോ ഡീറ്റെയിൽസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വന്നു അവസാനം ഒരു രണ്ടാഴ്ച മുമ്പ് മാത്രം മെഡിക്കൽ സയൻസിൽ ഇൻട്രഡ്യൂസ് ചെയ്തിട്ടുള്ളതും ഇനിയും മെഡിക്കൽ ഫീൽഡില് റിട്ടേൺ ഫോമില് വരാത്തതുമായിട്ടുള്ള ഒരു പർട്ടിക്കുലർ സർജറി അതിന്റെ പേരെടുത്ത് പറഞ്ഞു അതല്ലേ പറയുക എന്ന് ചോദിച്ചു അദ്ദേഹം ഞാൻ ഞെട്ടിപ്പോയി കാരണം അദ്ദേഹം ഇവിടെ പിച്ചക്കാരനായിട്ട് നടക്കുന്ന ആളാണ് ഒരു പുസ്തകം വായിച്ചിരിക്കാൻ ഒരു സാധ്യതയില്ല യാതൊന്നും സാധ്യതയില്ല ഈ ഒരു പേര് പറഞ്ഞാൽ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി അവസാനം ആ അദ്ദേഹത്തിനോട് തന്നെ ചോദിച്ചു എങ്ങനെ അത് പറഞ്ഞു ദർ ഇസ് നോ ചാൻസ് ദാറ്റ് യു കുഡ് ഹാവ് റെഡ് ഇറ്റ് എന്താന്ന് വെച്ചാൽ അത് വന്നിട്ടില്ല പിന്നെ എങ്ങനെ പറഞ്ഞു അപ്പൊ അദ്ദേഹം കൊടുത്ത എക്സ്പ്ലനേഷൻ എന്താ അറിയോ ഐ സിംപ്ലി റെഡ് ഇറ്റ് ഫ്രം യുവർ ബ്രെയിൻ നിന്റെ ബ്രെയിനിൽ ഉണ്ടല്ലോ എന്നാണ് എന്ന് വെച്ചാൽ അത് മുമ്പില് രാമകൃഷ്ണദേവം പറഞ്ഞ പോലെ കണ്ണാടിയിൽ വെച്ചിരിക്കുന്ന സ്വീറ്റ് ഷോപ്പിൽ വെച്ചിരിക്കുന്ന ജിലേബി മൈസൂർപ്പാ പോലെ കാണുകയാണെ നിന്റെ ബുദ്ധിയിൽ ഉണ്ടല്ലോ വായിക്കാൻ എന്താപ്പോ ബുദ്ധിമുട്ട് അതുകൊണ്ടാണ് യോഗികളുടെ മുമ്പിൽ നിൽക്കുമ്പോ വളരെ സൂക്ഷിക്കണം ഉള്ളു മുഴുവൻ കണ്ണാടിയുടെ ഉള്ളു കാണുന്ന പോലെയാണ് പക്ഷെ അവര് ഈ ഡസ്റ്റ്ബിൻ ക്ലീനഴ്സ് മുനിസിപ്പാലിറ്റി ക്ലീനേഴ്സ് അല്ലാത്തതുകൊണ്ട് അതൊന്നും അവർ വാരാൻ പോവില്ല അതുകൊണ്ട് അത് മേടിക്കണ്ട ഭയപ്പെടണ്ട വേണമെങ്കിൽ അത്ഭുതമായ അറിവും പോലും ചിലപ്പോ കാണപ്പെടും പക്ഷേ ആ അറിവ് സാധാരണയായിട്ട് അവർക്കത് വേണ്ട അവര് മെനക്കിട്ടിട്ടൊന്നും അത് ചെയ്യില്ല ഈശ്വരനീയതയ അത് നടക്കാനുണ്ടെങ്കിൽ ചിലപ്പോഴൊക്കെ നടക്കും പക്ഷെ അങ്ങനെയൊക്കെ വിസ്മയകരമായ അറിവ് അവരിൽ കാണുമ്പോ നമ്മൾ അത് സിദ്ധിയായിട്ട് വിശേഷിപ്പിക്കും അതുകൊണ്ട് തന്നെ അതൊന്നും ആവശ്യമില്ല അപ്പൊ ജ്ഞാനം ദേഹം സവിജ്ഞാനം ഇതം വക്ഷ്യാമി അശേഷത ജ്ഞാനമും വിജ്ഞാനമും ഇവിടെ ഭഗവാൻ പറയണത് ഇവിടെ സർവജ്ഞോഭവതി എന്ന് ആചാര്യസ്വാമികൾ പറഞ്ഞു അവൻ സർവജ്ഞനായിട്ട് തീരുമെന്ന് വെച്ചാൽ അവനെല്ലാവരുടെയും ആത്മാവായിട്ട് തീരുമെന്നർത്ഥം നമ്മളുടെ ഉള്ളിലുള്ള സത്തയെ നമ്മൾ തൊട്ട് കഴിയുമ്പോ എല്ലാവരുടെ ഉള്ളിലുള്ള സത്തയും നമ്മൾ തൊട്ടുകഴിഞ്ഞു നമ്മൾ എല്ലാവരുമായി കഴിഞ്ഞു സർവാത്മഭാവോ അധികൃത അതേഹധന്യാ ഭഗവന്തഗിത്തം യത് വാസുദേവേ അഖിലലോകനാഥെ കുറുവി സർവാത്മകം ആത്മഭാവം നയത്ര ഭൂയഹ പരിവർത്ത ഉഗ്രഹ സർവാത്മഭാവം വന്നു എന്നർത്ഥം നമ്മളുടെ ഞാൻ എന്നുള്ളതിൻ്റെ സ്വരൂപം എന്താണ് ഞാൻ ആരാണ് എന്ന് അന്വേഷിച്ച് നമ്മളുടെ തന്നെ അസ്തിത്വം നമ്മളുടെ തന്നെ സ്വരൂപം സച്ചിദാനന്ദമാണ് എന്ന് അറിഞ്ഞു കഴിയും അകത്ത് ചേർന്ന് നമ്മളുടെ ഡീപ്പസ്റ്റ് കോർ സത്തയെ തൊട്ട് കഴിയുമ്പോൾ എല്ലാവരുടെ സത്തയും തൊട്ടു കഴിഞ്ഞു അത് ഈ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള ഒരു സ്റ്റഫല്ല അതിലാണ് ഈ ശരീരവും പ്രപഞ്ചവും സകല വ്യക്തി ഭൂത ജീവജാലങ്ങളും ഒക്കെ കൽപ്പിതമായിട്ടിരിക്കുന്നത് അതിനെ അറിഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മ വിഷ്ണു മഹേശ്വരൻ സകല പ്രാണികൾ എല്ലാത്തിനെയും നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു ആ സത്തയെ അറിഞ്ഞു കഴിഞ്ഞാൽ വിഷ്ണുവിനെ അറിഞ്ഞു ശിവനെ അറിഞ്ഞു ബ്രഹ്മാവിനെ അറിഞ്ഞു ദേവതകളെ അറിഞ്ഞു എല്ലാത്തിനെ അറിഞ്ഞു കഴിഞ്ഞു ഭാഗവതത്തിൽ ദക്ഷയാഗത്തിൽ നാരായണൻ തന്നെ വന്നിട്ട് പറയാണ് തസ്മിൻ ബ്രഹ്മണി അദ്വിതീയെ കേവലേ പരമാത്മനി ബ്രഹ്മരുദ്രൗചഭൂതാനി ഭേദേന അജ്ഞോ അനുപശ്യത്തി രണ്ടില്ലാത്തതായ അദ്വിതീയമായ ബ്രഹ്മത്തിൽ ഇത് ബ്രഹ്മാവാണെന്നും ഇത് രുദ്രനാണെന്നും ഇത് ഭൂതങ്ങളാണ് മനുഷ്യരാണെന്നും പല പ്രാണികളാണെന്നും ഒക്കെ തന്നെ അജ്ഞാനികളായിട്ടുള്ള മനുഷ്യര് പലത് കൽപ്പിക്കുന്നു ആരാണോ ത്രയാണം ഏകഭാവാനാം യോന പശ്യതി വൈഭിതാം സർവഭൂതാത്മനാം ബ്രഹ്മൻ സശാന്തി മതികച്ചതി എല്ലാ പ്രാണികളും ആ അഖണ്ഡമായ ബോധത്തില് പ്രജ്ഞയില് കൽപ്പിതമാണ് ആ ബോധം മാത്രമാണ് സത്യം അതാണ് നമ്മളുടെ സ്വരൂപം സോഹമസ്മി എന്ന് അറിഞ്ഞു കഴിഞ്ഞവൻ എല്ലാമായി തീർന്നിരിക്കുന്നു സർവം ഭവതി അവൻ എല്ലാമായി ഭവിച്ചിരിക്കുന്നു ആ സർവജ്ഞത്വമാണ് ഇവിടെ ഭഗവാൻ പറഞ്ഞ അർജുനനോട് നിനക്ക് ഞാൻ തരാം ഏതറിഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ സർവജ്ഞനാകുമോ ആ നോളജ് ആ അറിവ് നിനക്ക് ഞാൻ തരാം അടുത്ത ശ്ലോകം നോക്കൂ മനുഷ്യണ സഹസ്രേഷു കശ്യത സിദ്ധയേ യതതാമപി സിദ്ധാനാം കശ്യൻ മാം വേത്തി തത്വത ലോകത്തിൽ നോക്കുമ്പോ എത്ര ആളുകളാ ഈ അധ്യാത്മ മാർഗത്തിൽ അല്ലേ പല തരത്തിലുള്ള സാധനകള് പലതരത്തിലുള്ള യോഗം പലതരത്തിലുള്ള പുസ്തകങ്ങൾ പലതരത്തിലുള്ള അറിവ് ഭഗവത്ഗീത പഠിക്കുന്നവര് ഭാഗവതം പഠിക്കുന്നവര് യോഗസാധനകൾ ചെയ്യുന്നവര് ഭക്തിമാർഗത്തിലുള്ളവര് ജ്ഞാനമാർഗത്തിലുള്ളവര് എത്ര ആളുകളാണ് എന്നിട്ട് ചിലപ്പോ ആളുകൾ ചോദിക്കും നമ്മളോട് ഇത്രയൊക്കെ ആളുകൾ ഉണ്ടായിരുന്നില്ല എത്ര പേരത് നേടുന്നു ഓടി ഓടി ഓടി ഓടി ഉൾക്കലന്ത ജ്യോതിയായി നാടിനാടി നാടിനാടിനാൾക്കളും കഴിന്നുപോയി വാടിവാടി വാടിവാടി മാണ്ടുപോന മാന്തുകൾ കോടിക്കോടി കോടിക്കോടി എണ്ണിരന്ത കോടിയേ ശിവവാക്യർ എന്ന സിദ്ധന്റെ ഒരു പാട്ടാണ് ഉള്ളിൽ കലർന്ന് നമ്മളുടെ അനുഭവമണ്ഡലത്തിൽ ബോധത്തിൽ കലർന്നിരിക്കുന്ന ആ ജ്യോതിനെ ആ പ്രകാശത്തിനെ നാടി എന്ന് വെച്ചാൽ അന്വേഷിച്ച് ഓടി ഓടി ഓടി ഓടി എന്ന് വെച്ചാൽ ജീവിതം മുഴുവൻ ഓടിക്കൊണ്ടേയിരുന്നു വാടി വാടി അവസാനം തളർന്നു പോയി ആ പരീശ്വരമൊക്കെ വിട്ട് മാണ്ടുപോന മാന്തരുകൾ മരിച്ചുപോയ മനുഷ്യര് എണ്ണിറന്ത കോടിയെന്നാണ് എണ്ണിലൊടുങ്ങ എണ്ണിയാലൊടുങ്ങാത്ത കോടി ആളുകളുണ്ടെന്ന് ഇവിടെ ഭഗവാൻ പറഞ്ഞു മനുഷ്യാണാം സഹസ്രേഷു കോടിക്കണക്കിന് മനുഷ്യർ ഇവിടെ സഹസ്രം എന്ന് വെച്ചാൽ ആയിരം എന്ന അർത്ഥമല്ല കോടിക്കണക്കിന് മനുഷ്യരില് ആരോ കുറച്ച് പേരാണ് ഇങ്ങനെ ഒരു ലക്ഷ്യമുണ്ട് എന്ന് കേൾക്കുന്നത് തന്നെ അല്ലേ അനേക അനേക ആയിരങ്ങളിലെ സെലക്ടഡ് ഫ്യൂ ആണ് നമ്മളൊക്കെ അധ്യാത്മം എന്ന് പറഞ്ഞ് ഒരുപാട് ആളുകൾ വരുന്നുണ്ടെങ്കിൽ സൂക്ഷിക്കണം അവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് അർത്ഥമാണെന്ന് ജനങ്ങൾ ധാരാളം വരണമെങ്കിൽ അവർക്കുള്ള എന്തെങ്കിലും ഒരു ഫുഡ് കിട്ടിയാലേ ഒരു വരുള്ളൂ അധ്യാത്മത്തിന് ഒരുപാട് ലക്ഷം കോടി ആളുകളൊന്നും വരാൻ പറ്റില്ല വിവേകാനന്ദ സ്വാമിയോടുത്ത് പറയേണ്ട സ്പിരിച്വാലിറ്റി ഇസ് ഓൺലി ഫോർ ദ ഫ്യൂ The rest will have some drill time religion. Adhyatma may also try the person has to make nature less time. Freaking way or surprising we do multiple things. Between the people and others we are very satisfying. Everyone does the same thing. White people is more english than the other things. Then if your kingdom is lower enough, You are better than every person and otherこんにちは. There are still stories. ചിലര് എന്താ എന്നൊരു ക്യൂരിയോസിറ്റിയിൽ വന്നവരായിരിക്കും ചിലര് നല്ല സമയായിട്ട് പോട്ടെ നല്ല പോട്ടും എടീന്നിട്ട് വന്നേ അവിടെ ഇരിക്കുന്ന നല്ല സമയായിട്ട് പോട്ടെ നേരം പോക്ക് നല്ല വിധത്തിലാവട്ടെ എന്തോ ചിലര് ഇങ്ങനൊരു ലക്ഷ്യമുണ്ട് എന്ന് അറിഞ്ഞിട്ട് വന്നവരായിരിക്കും പല തരത്തിലാണ് ഈ ആകർഷണം ഇതൊക്കെ സ്പിരിച്വൽ അട്രാക്ഷനാണ് പക്ഷെ നമ്മള് ക്ലിയർ വിഷൻ മുമ്പിൽ വന്നിട്ടുണ്ടാവില്ല പല സ്റ്റേജിൽ നിൽക്കുന്ന ആളുകളായിരിക്കും പക്ഷെ ഒന്നുണ്ട് ഇവരൊക്കെ യഥത്തോമ പി സിദ്ധാനം എന്നാണ് ഭഗവാൻ വെച്ചാൽ ഈ ഈ വന്നവരൊക്കെ ഉണ്ടല്ലോ നഴ്സറി ക്ലാസ് മുതൽക്ക് പി വരെ ഉള്ളവർ എല്ലാവരും സിദ്ധന്മാരാണ് അത്രേ എന്നുവെച്ചാൽ വണ്ടിയിൽ കയറി കഴിഞ്ഞാൽ ലാസ്റ്റ് കമ്പാർട്ട്മെന്റോ ഫസ്റ്റ് കമ്പാർട്ട്മെന്റോ വണ്ടി പോകാൻ തുടങ്ങി പോകും ഈ യഥതാമപി യത്നം കുറുവാനാം യത്നം ചെയ്യുന്നവരൊക്കെ സിദ്ധന്മാരാണെന്ന് വെച്ചാൽ കയറി കഴിഞ്ഞു ടിക്കറ്റ് വാങ്ങിക്കഴിഞ്ഞു വണ്ടിയിൽ കയറി കഴിഞ്ഞു എവരി വൺ ബിലോങ്സ് ടു ദ സെയിം കാറ്റഗറി ഈ ലക്ഷ്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ ലക്ഷ്യം മുമ്പിൽ വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഏതൊക്കെ സ്റ്റേറ്റിലുള്ളവരായാലും ഒരിക്കലെ എന്റെ അധ്യാത്മമായിട്ടുള്ള സർക്കിളിലുള്ള ഒരാള് ഒരു വീട്ടില് വെച്ച് ഒരു ചർച്ച നടന്നു അപ്പൊ എന്നോട് ചോദിച്ചു ഞാനും എങ്ങനെ ഉണ്ടാവുക ഒറ്റ വാക്കില് പറയട്ടെ തമിഴിലാണ് മലയാളത്തിലാണ് ചോദ്യം ഒറ്റ വാക്കില് പറഞ്ഞാൽ അരുൾ അതിങ്ങനെയാത് പരിശ്രമിക്കാതെ നടക്കോ പരിശ്രമം വേണം എന്താ പരിശ്രമം എന്ന് വെച്ചാൽ ജ്ഞാനം വേണം എന്നുള്ള ദൃഢനിശ്ചയം അതെങ്ങനെ പരീക്ഷ എഴുതാൻ നല്ലവണ്ണം പഠിച്ച് പരീക്ഷ എഴുതിയല്ലേ മാർക്ക് കിട്ടുകയുള്ളൂ അപ്പൊ ഇല്ലേ പാസ്സാവുള്ളൂ ഇങ്ങനെ ഡിസ്കഷൻ പോവാണ് അപ്പൊ എനിക്ക് തമാശ തോന്നി എന്താന്ന് വെച്ചാൽ ഈ റൂമില് അടുത്ത മുറിയിലെ ഒരു കുട്ടി മലയാളം കവിത ചൊല്ലിക്കൊണ്ടിരിക്കുക സ്കൂളിൽ പഠിക്കണ കവിത കറക്റ്റ് സമയം ഇതൊക്കെ ഭഗവാന്റെ സന്ദേശമാണ് ഞാൻ യാളോട് പറഞ്ഞു അതെ ആ കവിത എന്താ ചൊല്ലണമെന്ന് കേൾക്കുമെന്നു ഇപ്പൊ സ്കൂളിൽ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല നഴ്സറി ക്ലാസ് റൈംസിലുണ്ടായിരുന്നു അത് കുട്ടി ചൊല്ലാണ് പട്ടപൂജ്യം വാരിക്കൂട്ടിയ അമ്മണിമോളും പാസായി കേട്ടിണ്ടോ പട്ടപൂജ്യം വാരിക്കൂട്ടിയ അമ്മണിമോളും പാസായി അയാൾക്ക് പെട്ടെന്ന് ചോദ്യത്തിന് ഉത്തരം പോലെയാണ് പഠിച്ചാലല്ലേ പാസ് ആവുള്ളൂ പഠിച്ചാൽ പാസ്സാവെന്നുള്ള ലോക നിയമാണ് ഇവിടെ പരീക്ഷകിരിക്കുന്നവരൊക്കെ പാസ്സാവും ഗവൺമെന്റ് സ്കൂൾ പോലെയാണ് അല്ലെങ്കിൽ നമ്മളൊന്നും ഈ സ്റ്റേജിലേക്ക് വന്നിട്ടുണ്ടാവില്ല നമ്മൾ എങ്ങനെ ഈ സ്റ്റേജ് വരെ കയറ്റി പത്താം സ്കൂള് ഗവൺമെന്റ് ഒരു നിയമമുണ്ട് നിങ്ങളുടെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ ആരോടെങ്കിലും ചോദിച്ചു നോക്ക എന്താ നിയമം അറിയോ പത്താം ക്ലാസ് വരെ സ്കൂളില് ഇപ്പൊ നിയമം മാറ്റിയെന്ന് എനിക്കറിയില്ല പരീക്ഷ എഴുതുന്ന കുട്ടിക്ക് ക്വസ്റ്റ്യൻ പേപ്പർ അതേപടി എഴുതി വെക്കാൻ അറിയുമെങ്കിൽ പാസ്സാക്കണം എന്നാണ് ആൻസർ എഴുതാൻ നിർബന്ധമില്ല ക്വസ്റ്റിൻ പേപ്പർ പകർത്താൻ അറിയുമെങ്കിൽ കുട്ടിയെ അടുത്ത ക്ലാസ്സിലേക്ക് പാസ്സാക്കി വിടണമെന്നാണ് അധ്യാത്മത്തിലെ വളരെ വിചിത്രമായ ഒരു മണ്ഡലമാണ് നമ്മൾ ലോകത്തിൽ ഉപയോഗിക്കുന്ന ഒന്നും തന്നെ ഇവിടെ ശരിയാവില്ല ഇവിടെ നമ്മളുടെ നിശ്ചയം ഭഗവത് സാക്ഷാത്കാരം വേണം എന്ന് നിശ്ചയിച്ചാൽ തന്നെ നിങ്ങളെ ട്രെയിൻ്റെ ഉള്ളിൽ കയറി വണ്ടി ഓടും മനുഷ്യാണാം സഹസ്രേഷും ആയിരക്കണക്കിന് മനുഷ്യരിൽ കുറച്ചു പേരാണ് യത്നം ചെയ്യുന്നത് ആ യത്നം ചെയ്യുന്നവരിൽ ആരോ കുറച്ചു പേര് തത്വതാ മാം വേത്തി ഭഗവാൻ പറഞ്ഞത് അവര് ഈ ജന്മത്തില് ഇപ്പൊ തന്നെ വളരെ ക്ലിയറായിട്ട് എന്നെ അറിഞ്ഞ ജ്ഞാനികളായിട്ട് താത്വികമായിട്ട് എന്നെ അറിയുന്നവര് വളരെ വിരളമാണ് എത്ര താമൂപ്പി സിദ്ധാനം ഇപ്പോ യത്നം ചെയ്യുന്നവരൊക്കെ സിദ്ധന്മാരാണ് സംർ ദ അതർ ദേ വിൽ റീച്ച് പക്ഷേ ആ യത്നം ചെയ്യുന്ന കൂട്ടരുടെ ഇടയിൽ വളരെ തെളിഞ്ഞ് സാത്വികമായി ഭഗവാനെ അറിഞ്ഞ് ജ്ഞാനം നേടുന്നവർ ജീവൻ മുക്തരാകുന്നവർ ഈ യത്നം ചെയ്യുന്നവരൊക്കെ തന്നെ ശരീരം വിടുമ്പോ രക്ഷപ്പെടും രാമകൃഷ്ണ പരമവംസൻ തൻ്റെ ഭക്തന്മാരോട് പലരോടും പറഞ്ഞു നീ പേടിക്കേണ്ട നീ മരിക്കണ സമയത്ത് ഞാൻ വരും എന്നാണ് നിനക്ക് ഇപ്പം ഒന്നും കിട്ടിയിട്ടില്ലെങ്കിലും നീ മരിക്കാനുള്ള സമയമാവുമ്പോൾ ഞാൻ വരും മഹാപുരുഷന്മാരുടെ അടുത്ത് കൂട്ടുവെച്ചിട്ടുള്ള പരമ പോക്രികളായിട്ടുള്ള ആളുകൾക്ക് പോലും മരണ സമയത്തിൽ പറഞ്ഞിട്ടുണ്ട് ഏതാ ഗുരു വന്നിരിക്കണം രാമകൃഷ്ണദേവന്റെ ലൈഫിൽ ധാരാളം ഹക്കൂർ വന്നിരിക്കണമുണ്ട് യഥതാമ പി സിദ്ധാന്തമാണ് അതുകൊണ്ട് യത്നം ചെയ്യുന്നവരൊക്കെ സിദ്ധന്മാരാണ് പക്ഷെ തത്വത താത്വികമായി ജീവിച്ചിരിക്കുമ്പോ ശരീരത്തിലിരിക്കുമ്പോ തന്നെ ഭഗവത് സ്വരൂപത്തിനെ നല്ലവണ്ണം അറിഞ്ഞ് വേത്തി തത്വത വളരെ കുറച്ചു പേരെന്നെ താത്വികമായിട്ടാണ് തപാമ്യഹം അഹം വർഷം നിഗൃണാമി ഉത്സൃജാമിറ്റ് ഭഗവാൻ തന്നെ ഇവിടെ പറയണ്ടേ ഞാൻ തന്നെയാണ് മഴ തപാമി അഹം അഹം വർഷം നിഗൃണ്ണാമി ഉത്സൃചാമിറ്റ് ഈ അധ്യായത്തിൽ ഇനി വരാൻ പോകുന്നു രസോഹമപ്സുതേയാ ജലത്തിലെ രസരൂപമായിട്ട് ഞാനിരിക്കുന്നു അപ്പോൾ മഴ കാണുമ്പോൾ പ്രത്യക്ഷ ദർശനമാണ് പ്രത്യക്ഷമായിട്ടുള്ള ഭഗവത് ദർശനാണ് ഭഗവാന് എവിടെയെങ്കിലുമൊക്കെ ഒരു അമ്പലത്തിൽ മാത്രം തിരുത്തണ്ട ഇത് ഗംഭീരമായിട്ടുള്ള രൂപമാണ് ഭഗവാന്റെ പ്രത്യക്ഷ രൂപമാണ് സഗുണ സാകാരമായ രൂപമാണ് ശ്വേതാശ്വത ഉപനിഷത്തിൽ ധ്യാനിച്ചിരിക്കുന്ന ഋഷി എഴുന്നേറ്റിട്ട് പറണു ഭഗവാനെ അങ്ങണത്വം സ്ത്രീ ത്വം പുമാനസി ത്വം കുമാര ഉതമാകുമാരീ ത്വം ജീർണോദണ്ഡേന വഞ്ചസി ത്വം ജാതോഭവസി വിശ്വതോ മുഖ തടിത് നീലപ്പതംഗോ ഹരിതോ ലോഹിതാക്ഷഹം തടിദ് ഗർഭ ഋതവസമുദ്രാഹം ഇടിമിന്നലെ ഭഗവാന്റെ ഇടിമിന്നാണ് ആ മഹ ഋഷിയുടെ മുമ്പില് ആകാശത്തിൽ ഇടിവെട്ടുമ്പോൾ ആ ഋഷി ലഹരി പിടിച്ച് ഭഗവത് സ്വരൂപ ദർശനമാണ് എന്നുവെച്ചാൽ ആ ഇടിവെട്ടൽ ഭഗവാന്റെ സ്വരൂപമായിട്ട് കണ്ട് ഈശ്വര സ്വരൂപമായിട്ട് കാണുക ആ ഒരു എക്സ്ട്രസി ഡെലൈറ്റ് ആണ് അപ്പോ ഭഗവത് ദർശനമാണ് ഭഗവാനെ എങ്ങനെ കാണുക എന്ന് വെച്ചാൽ പ്രപഞ്ചരൂപത്തിൽ കാണപ്പെടുന്നതൊക്കെ ഭഗവാൻ തന്നെ അപ്പൊ ഇവിടെ ഭഗവാൻ ഇനി പറയാൻ പോണതും അതാണ് മനുഷ്യരിൽ ആയിരക്കണക്കിന് മനുഷ്യരില് വളരെ കുറച്ചു പേരാണ് യത്നം ചെയ്യുന്നത് ആ യത്നം ചെയ്യുന്നവരിൽ വളരെ കുറച്ചു പേരാണ് തത്വജ്ഞാനത്തിന് അധികാരികളാവണത് തത്വജ്ഞാനം തന്നെയാണ് സമാധി എന്ന് പറയണത് ആർക്ക് തത്വജ്ഞാനുണ്ടോ അവൻ സ്ഥിരപ്രജ്ഞനാണ് സമാഹിതൻ ആണ് തത്വാത്മബോധയേവൈ സമാധിരിതി കഥ്യത്തെ തത്വാത്മബോധം ആത്മതത്വജ്ഞാനമാണ് സമാധി എന്ന് പറയണത് എന്നുവെച്ചാൽ വളരെ വ്യക്തമായി സംഗീതത്തിലെ താളവും രാഗവും ഒക്കെ മാറുമ്പോഴും ശ്രുതി മാറാതിരിക്കണ പോലെ ശരീരത്തിൻ്റെ ബാല്യം കൗമാരം യൗവനം വാർദ്ധക്യം എന്നുള്ള അവസ്ഥകളൊക്കെ മാറുമ്പോഴും മനസ്സ് ചഞ്ചലപ്പെടുമ്പോഴും തന്നെ അതിന് പുറകിൽ അൽപ്പം പോലും ചലിക്കാതെ സൂത്രം പോലെ ഇരിക്കുന്ന ബോധത്തിനെ അസ്തിത്വത്തിന് തൻ്റെ സ്വരൂപമായി ഏതൊരു പ്രജ്ഞയിൽ തെളിഞ്ഞു കണ്ടിട്ടുണ്ടോ ആ പ്രജ്ഞാവാൻ ജീവൻ മുക്തനാണ് ബാക്കി എല്ലാവരും ഇനീഷ്യേറ്റഡാണ് പക്ഷേ ഈ യത്നം ചെയ്യുന്നവരൊക്കെ ദ ആർ ഓൾ ഇനീഷ്യേറ്റഡ് ബട്ട് ഹീസ് എല്ലു മൈൻഡ് സാധന ചെയ്യുന്നവരൊക്കെ തന്നെ ദീക്ഷിതരാണ് അവരൊക്കെ അവരൊക്കെ തന്നെ സത്യത്തിനെ നിശ്ചയമായിട്ടും ഇപ്പോഴല്ലെങ്കിൽ എപ്പോഴെങ്കിലുമൊക്കെ അറിയും അതില് വളരെ ചിലവര് തീവ്ര മുക്ഷുക്കളായിട്ടുള്ളവര് താത്വികമായിട്ട് തത്വഭക്തി താത്വികമായി ഭഗവാനെ അറിഞ്ഞ് അനുഭവിക്കണം എത്രതാമപി സിദ്ധാന് കം ആ അതിലും തത്വജ്ഞാനമുള്ളവർ വളരെ കുറച്ച് പേരെയുള്ളൂ ലോകത്തിൽ നോക്ക ഏറ്റവും വിരളമാണ് തത്വജ്ഞാനികൾ യോഗികളുണ്ടാവും സിദ്ധന്മാരുണ്ടാവും ഭക്തന്മാരുണ്ടാവും പലതരത്തിലുണ്ടാവും ഇവരുടെ നടുവിലൊക്കെ തത്വജ്ഞാനികൾ ഉണ്ടാവും തത്വജ്ഞാനത്തോടെയുള്ള ഭക്തി തത്വജ്ഞാനത്തിലൂടെയുള്ള യോഗം തത്വജ്ഞാനത്തോടെയുള്ള ജ്ഞാനം അത് വളരെ വിരളാണ് അതാണ് ഭഗവാൻ പറഞ്ഞത് താത്വികമായി എന്നെ അറിയണവൻ എങ്ങനെയുണ്ടോ അതേപടി അറിയുന്നവൻ വളരെ വിശിഷ്ടനാണ് എന്ന് പറഞ്ഞ് ഇനിയിപ്പോ ആ താത്വികമായ ജ്ഞാനത്തിന് ഈ അധ്യായത്തിൽ ഭഗവാൻ പറഞ്ഞ് തുടങ്ങാണ് നാളെ കാണാൻ കേൾക്കണ്ടോ എല്ലാവർക്കും കേൾക്കണ്ടോ എനിക്ക് തന്നെ ഈ ശബ്ദം കേൾക്കണില്ലേ നിങ്ങൾക്ക് ബാക്കിലല്ലോ ആൾക്ക് ശരിയാ കേൾക്കില്ല ശരിക്കും കേൾക്കണ്ടോ ബാക്കിലെ ഉണ്ടോ എന്നാവോ അടുത്ത ശ്ലോകം നോക്കും ഭൂമിരാപോനോ വായു ഖം മനോബുദ്ധിരേവ അഹങ്ക ഭി പ്രകൃതിരഷ്ട രാവിലെ പറഞ്ഞ ശ്ലോകം ഓർത്തോള നൂമി നോയം ൂമിർന തോയം നേജോ നായു നഖം നേന്ദ്രിം വേഷാം സമൂഹ അനൈകാതികുഷുപ്ത്യേക സിദ്ധ തദേകോവശിഷ്ട ശിവ കെയലോഹം രാവിലത്തെ ശ്ലോകം രാവിലെ പറഞ്ഞത് ഇവിടെ നോക്ക പ്രകൃതി ഭഗവാൻ പറയാണ് ഭൂമി ആപ അനല വായു ഖം മനഃ ബുദ്ധി അഹങ്കാര എട്ട് എലമെൻസാണ് എട്ട് വിഷയങ്ങളാണ് ഭൂമി ആപഹ എന്ന് വെച്ചാൽ വെള്ളം അനലഹ എന്ന് വെച്ചാൽ അഗ്നി വായു കം എന്ന് വെച്ചാൽ ആകാശം മനസ്സ് ബുദ്ധി അഹങ്കാരം ഈ എട്ടും കൂടി ചേർത്തിയാണ് പ്രകൃതി എട്ടെപ്പോഴും വളഞ്ഞു കൊളഞ്ഞ് ഇരിക്കുന്നതാണല്ലോ അല്ലെ ഈ പ്രകൃതിയും അങ്ങനെയാണ് എട്ടാണ് എഴുതാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള നമ്പറ് അതുകൊണ്ടാണ് ഡ്രൈവിംഗ് ലൈസൻസിന് എട്ട് ഇതാമ്പറണം അങ്ങനെ പോയിട്ട് എങ്ങനെ വരണം പക്ഷെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു നമ്പറാണത് പൂജ്യം പോലെ പൂജ്യം എട്ട് കഴിഞ്ഞാൽ കംപ്ലീറ്റ് അല്ലേ ഇനി ഒന്നും അങ്ങട് ഇങ്ങോട്ട് വലിക്കാൻ പറ്റില്ല കംപ്ലീറ്റ് ആയി പൂജ്യം ഇട്ടാൽ പൂർണമായി പൂജ്യം കഴിഞ്ഞ പിന്നെ ഒരു നമ്പറും അങ്ങനെയല്ല ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഒമ്പത് ഒക്കെ തന്നെ വാലും തലയും ഒക്കെ ഉണ്ട് പിന്നെ അടുത്ത് കംപ്ലീറ്റ് ആയിട്ടുള്ള നമ്പർ എട്ടാണ് എട്ട് ഒരു വിധത്തിലുള്ള ഒരു പൂജ്യമാണ് കുക്കറിന്റെ ഗ്യാസ്കറ്റ് എടുത്താൽ അത് പൂജ്യമാണ് അല്ലെ വളച്ചാലോ എട്ടാവും വളച്ചാൽ എട്ടാവും എട്ട് വീണ്ടും പൂജ്യമാവണമെങ്കിൽ എന്ത് വേണം വിട്ടാ മതി വിട്ടാ തനിയേ പൂജ്യമായിക്കോളും പൂജ്യമാവാൻ വേണ്ടി ഒന്നും ചെയ്യണ്ട അത് എട്ടാവും എട്ട് തന്നെ പൂജ്യമാവും പൂജ്യം തന്നെ വളച്ച എട്ടാവും അല്ലേ അതുപോലെ കേവലമായ ചിത്ത് പൂജ്യമാണ് അതാണ് ഇനി പറയാൻ പോണത് ഭഗവാൻ പ്രകൃതി എട്ടാണ് പുരുഷൻ പൂജ്യമാണ് പൂജ്യവും എട്ടും ഇത് രണ്ടും കൂടി ആരാ അറിയണോ അവൻ പൂർണനാണ് അതാണ് നമ്മൾ മലയാളത്തിൽ ഒരു ചൊല്ലുണ്ട് എട്ടും പൊട്ടും തിരിയാത്തുന്ന് പറയും പൊട്ട് എന്ന് വെച്ചാൽ ഈ ബിന്ദു പൂജ്യം എട്ട് എന്ന് വെച്ചാൽ മായ ഒന്ന് അൺമാനിഫെസ്റ്റ് മറ്റേത് മാനിഫെസ്റ്റ് ഒന്ന് അബ്സലൂട്ട് മറ്റേത് റിലേറ്റീവ് ഇത് രണ്ടും കൂടി അറിഞ്ഞവൻ എട്ടും പൊട്ടും തിരിഞ്ഞവനാണ് അവൻ എട്ടും പൊട്ടും തിരിഞ്ഞാൽ അവൻ പൂർണ്ണമായി എട്ട് പ്രകൃതിയാണ് പൊട്ട് അടുത്തത് പറയാൻ പോണു ഭഗവാൻ ജീവൻ എന്ന് നമ്മൾ പറയണ ബോധമാണ് പ്രകൃതിക്ക് മുഴുവൻ സകലതും ഉറ്റുപാർത്തു നിൽക്കും വിളക്ക് സകലതും ഉറ്റുപാത്തു നിൽക്കും വിളക്ക് ആ വിളക്കാണ് ജീവൻ അതാണ് ഇനി ഇവിടെ പറയാൻ പോണത് നോക്കാം അഷ്ടതാ പ്രകൃതിയെ ഇവിടെ ഭഗവാൻ പറഞ്ഞു ഭൂമി ആപഹ അനലഹ ഭൂമി വെച്ചാൽ പൃഥ്വി പൃഥ്വിയുടെ സൂക്ഷ്മ തന്മാത്ര പൃഥ്വി തന്മാത്രം ഉച്ചത്തെ ഭൂമിയുടെ സൂക്ഷ്മ തന്മാത്ര ഈ കാണുന്ന മണ്ണ് മാത്രമല്ല അതിന്റെ സട്ടിലസ്റ്റ് ഫാം അതിനാണ് പൃഥ്വി എന്ന് പറയുന്നത് അത് മണ്ണിലുണ്ട് ആകാശത്തിലുണ്ട് വെള്ളത്തിലുണ്ട് എല്ലാത്തിലുണ്ട് നമ്മളുടെ ശരീരത്തിലുണ്ട് അത് ശരീരത്തിലിരുന്നു കൊണ്ടാണ് മണക്കണതാണ് നമ്മള് ഇനി പറയാൻ പോണോ അത് പൃഥിവി തന്മാത്രം ഉച്ചത്തെ അപാതയോപി തന്മാത്രാണിയേവ അതുപോലെ വെള്ളം അഗ്നി എന്നൊക്കെ പറഞ്ഞാൽ പൃഥിവി തന്മാത്ര ജലതന്മാത്ര അഗ്നി തന്മാത്ര വായു തന്മാത്ര ആകാശ തന്മാത്ര പഞ്ചഭൂതങ്ങളുടെയും തന്മാത്രകളെയാണ് ഇവിടെ പറയണത് മനഃ എന്ന് പറയുമ്പോ അഹങ്കാരം എന്ന് ഗ്രഹിക്കണം ബുദ്ധി എന്ന് പറയുമ്പോ അഹങ്കാരകാരണമായ മഹത്തത്വം എന്ന് ഗ്രഹിക്കണം എന്ന് പറഞ്ഞ് ആചാര്യസ്വാമികൾ ഭാഷ്യം ുദ്ധി അഹങ്കാരം ദുഃഖം കൂടി ചേർന്ന് എട്ട് ഈ എട്ടെണ്ണമാണ് അഷ്ടമൂർത്തി എന്ന് ശിവന്റെ എട്ട് രൂപമായിട്ടും പറയും പഞ്ചഭൂതങ്ങൾ മനസ്സ് ബുദ്ധി അഹങ്കാരും ഈ എട്ടിന് പ്രകൃതിയിലെ രൂപമായിട്ട് പറഞ്ഞു ഇത് അപരാപ്രകൃതി എന്ന് ഭഗവാൻ ഇതിനെ പേര് കൊടുത്തു നമ്മളുടെ ഫീൽഡ് ഓഫ് എക്സിസ്റ്റൻസ് ആണ് ഈ എട്ടും ഒന്ന് ആലോചിച്ച് നോക്കൂ വളരെ സിമ്പിളാണ് മണ്ണ് എന്ന് പറഞ്ഞാൽ മണം വെള്ളം എന്ന് പറഞ്ഞാൽ രുചി അഗ്നി എന്ന് പറഞ്ഞാൽ കണ്ണ് കാണുക ദൃശ്യം രൂപം വായു എന്ന് പറഞ്ഞാൽ സ്പർശം ആകാശം എന്ന് പറഞ്ഞാൽ ശബ്ദം കാണുക കേൾക്കുക മണക്കുക രുചിക്കുക സ്പർശിക്കുക സങ്കൽപ്പിക്കുക മനസ്സ് വിവേചനം ചെയ്യാ ബുദ്ധി ഞാൻ എന്ന് അഭിമാനം ഈ എട്ടും കൂടി ചേർന്നാൽ നമ്മളുടെ പ്രപഞ്ചവുമായി നമ്മളുമായി നമ്മളുടെ ലോകം എന്താ ണപ്പെടുന്നത് കേൾക്കപ്പെടുന്നത് മണക്കപ്പെടുന്നത് രുചിക്കപ്പെടുന്നത് സ്പർശിക്കപ്പെടുന്നത് അതാണ് നമ്മളുടെ പ്രപഞ്ചം അതുകൊണ്ടാണ് അതിന് പ്രപഞ്ചം എന്ന് പറയുന്നത് പ്രകർഷേണ് പഞ്ചീകൃതം അതിനെ കാണുന്ന അഭിമാനം അതിനോട് റിയാക്ഷൻ റിയാക്ട് ചെയ്യുന്ന പ്രതികരിക്കുന്ന ജീവാഹന്തയാണ് ഞാൻ ഞാനും ഈ ലോകത്തിന്റെ ഒരു ഭാഗമാണ് സ്വപ്നം കാണുമ്പോ സ്വപ്നത്തിൽ കാണുക കേൾക്കുക മണക്കുക രുചിക്കുക ഒക്കെ ചെയ്യുന്നു ആ ചെയ്യുന്നവനും കാണപ്പെടുന്ന വസ്തു ഒക്കെ തന്നെ ഒരേ മനസ്സിന്റെ ഉള്ളിലാണ് അപ്പോ അഹങ്കാര ഇതൊക്കെ കൂടി ചേർന്ന് പ്രകൃതിയാണെന്നാണ് വെച്ചാൽ ഇത് മുഴുവനും ഈശ്വരന്റെ മനസ്സാണെന്ന് വെച്ചോളാം എൻ്റയർ പെർസെപ്ഷൻ കാണപ്പെടുന്ന പ്രപഞ്ചം അനുഭവിക്കപ്പെടുന്ന പ്രപഞ്ചം നമ്മളുടെ അറിവിന്റെ മണ്ഡലം നമ്മൾ എന്തൊക്കെ അറിഞ്ഞാലും ഈ അഷ്ടദാ പ്രകൃതിയുടെ ഉള്ളിലേ ഉള്ളൂ ലൗകികനും ആധ്യാത്മികമായിട്ടുള്ള ആളും ഒക്കെ തന്നെ ഈ അഷ്ടതാ പ്രകൃതിയുടെ ഉള്ളിലാണ് ഇതിനെ ഒക്കെ കൂടി ചേർത്തിട്ടാണ് ണത് ഇതിന്ന്വിടെ പുറത്തു കിടക്കും അഷ്ടതാ പ്രകൃതിയായി മായ അതാണ് നമ്മളുടെ ലോകം അതാണ് നിങ്ങളും ഞാനും ഒക്കെ അതാണ് നമ്മളൊക്കെ മായയാണ് മായയുടെ ഉള്ളിലാണ് നമ്മളുടെ ആക്ടിവിറ്റീസ് മൂവ്മെന്റ് സാധന ഒക്കെ ഇതിനകത്താണ് നമ്മളുടെ മനസ്സ് അഭിമാനം ഒക്കെ ഇതിനകത്താണ് ഫീൽഡിന്റെ ഉള്ളിലാണ് ക്ഷേത്രത്തിന്റെ ഉള്ളിലാണ് ഇതിനൊക്കെ കൂടി ചേർത്തിട്ടാണ് ക്ഷേത്രം എന്ന് പറയണത് ഇതിന്റെ എക്സ്പാൻഷൻ ഒന്ന് ഒന്ന് ചിന്തിച്ചു നോക്കൂ നമ്മള് പറയണ എല്ലാം ഇതിന്റെ ഉള്ളിലാണ് നമ്മളുടെ എല്ലാ അധ്യാത്മവും ലൗകികവും ഒക്കെ തന്നെ ഇതിന്റെ അടങ്ങി നമ്മളുടെ എക്സ്റ്റേർണൽ വേൾഡ് ആൻഡ് ഇന്റേണൽ വേൾഡ് ഇതൊക്കെ മായയുടെ ഉള്ളിലാണ് നർത്ഥം നിങ്ങൾ ധ്യാനിച്ചാലും നിങ്ങളുടെ ധ്യാനവും ഇതിൻ്റെ ഉള്ളിലാണ് നിങ്ങൾ ചെയ്യുന്ന സാധനയും ഇതിൻ്റെ ഉള്ളിലാണ് കാരണം ഈ അഹങ്കാരം മനസ്സ് ബുദ്ധിയൊക്കെ വെച്ചുകൊണ്ടാണ് ചെയ്യണത് ഇതൊക്കെ കൂടി ചേർന്നിട്ടാണ് പ്രകൃതി ഇതിന് അപരാപ്രകൃതി എന്ന് ഭഗവാൻ പറഞ്ഞു അപ്പൊ അപരാ എന്ന് പറയുമ്പോ തന്നെ പരാ ഉണ്ടാവണം അല്ലേ ഈ പ്രകൃതി ഈ ഫീൽഡ് ഈ ഫീൽഡിന് ഉള്ളിൽ പെടാതെ എന്തോന്നുണ്ട് കുളത്തിന്റെ ഉള്ളില് മീനുണ്ട് കുളത്തിന്റെ ഉള്ളില് തവളയുണ്ട് കുളത്തിൻ്റെ ഉള്ളില് പായലുണ്ട് കുളത്തിന്റെ ഉള്ളില് നീർക്കോലിയുണ്ട് വെള്ളമുണ്ട് കല്ലുണ്ട് ശംഖുണ്ട് ചളിയുണ്ട് ഇതൊക്കെ എവിടെയായിരുന്നു ഉള്ളത് കുളത്തിന്റെ ഉള്ളില് അല്ലേ കുളത്തിന്റെ ഉള്ളിൽ ചന്ദ്രനുണ്ട് ചന്ദ്രൻ കുളത്തിന്റെ ഉള്ളിലാണോ ചന്ദ്രൻ കുളത്തിന്റെ ഉള്ളിൽ പ്രതിഫലിച്ചു കാണുന്നു ചന്ദ്രനും ഇതിന്റെ നടുവിലുണ്ടെങ്കിലും ചന്ദ്രൻ കുളത്തിന്റെ ഉള്ളിലില്ല അതേപോലെ ഈ ഫീൽഡിന്റെ ഉള്ളിൽ അറിയപ്പെടുന്നതും അതേസമയം ഫീൽഡുമായി യാതൊരു സംബന്ധമില്ലാത്തതുമായ ഒരു എലമെന്റ് ഒരു പ്രിൻസിപ്പിൾ ഒരു തത്വം അതുകൊണ്ടാണ് അത് പരാ എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ പുറത്തായ ആളെന്ന അർത്ഥം പുറമേക്കാർ ആ പുറമേ കാരണം ഒരാളുണ്ട് അതാണ് അടുത്ത ശ്ലോകത്തില് ഭഗവാൻ പറഞ്ഞത് അത് വായിച്ച് നമ്മൾ നിർത്താം അപരേയമിതസ്ത്വ്യം പ്രകൃതിം വിദ്ധി മേ പരാം ജീവഭൂതം മഹാബാഹോ യേദം ധാരയത്തെ ജഗത് ആ പുറമേക്കാരനും ഈ കുളത്തിൻ്റെ ഉള്ളിൽ പ്രതിഫലിക്കുന്ന ചന്ദ്രനെ കണ്ട് കുളത്തിലുള്ള ജീവികളൊക്കെ ഇയാള് നമ്മളുടെ കൂട്ടനാണ് എന്നാലും എന്തോ വ്യത്യാസം ഉണ്ടെന്ന് പോലെ ഈ പുറമേക്കാരനും ഈ ഓർഗാനിസത്തിന്റെ ഉള്ളിൽ എന്ന സിസ്റ്റത്തിന്റെ ഉള്ളിൽ എന്ന ഫിസിയോളജിക്ക് ഫിസിയോളജിക്കുള്ളിൽ അനാട്ടോമിക്ക് ഉള്ളിൽ എന്ന പോലെ മനസ്സിന്റെ ശരീരത്തിന്റെ ബുദ്ധിയുടെ ഇന്ദ്രിയങ്ങളുടെ അഭിമാനത്തിന്റെ ഒക്കെ ഉള്ളിലെന്ന പോലെ തോന്നുന്ന ഒരു വസ്തുവാണ് ഞാൻ ഞാൻ ഞാൻ ഞാൻ എന്നുള്ള അനുഭവം ശാശ്ചര്യം ആ അനുഭവത്തിനെ നമ്മളെ അടുക്കും തോറും കാണാം എക്സ്പാൻഡ് ആയിക്കൊണ്ടേ പോവും അവസാനം അതിന് തൊട്ട് അതിൽ ലയിച്ചു ചേർന്നവന് പിന്നെ എന്താന്ന് വെച്ചാൽ അയാൾ കാണും ഈ അപരാപ്രകൃതി എന്ന് പറഞ്ഞതില്ല പക്ഷേ പുറമേ നിന്ന് നോക്കുമ്പോ ഈ എലമെന്റിന് ജലത്തിൽ എന്തൊക്കെ ഉണ്ടെന്ന് ചോദിക്കുമ്പോ തവള പാമ്പ് വെള്ളം ചളി പായല് ചന്ദ്രൻ എന്ന് പറഞ്ഞ പോലെ പുറമേ നിന്നും പ്രകൃതിയുടെ ഉള്ളിൽ മായയുടെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് പറഞ്ഞു അവരാ പ്രകൃതി എന്ന് പറഞ്ഞു ഈ പ്രകൃതി അല്ലാതെ ഒരു പ്രകൃതി ഉണ്ട് ഒരു ഡബിൾ നേച്ചർ ഉണ്ട് ഒന്ന് മോർട്ടലാണ് ഒന്ന് ഇമ്മോർട്ടലാണ് ഒന്ന് ഫുൾ ഓഫ് ബ്ലമിഷസ് ദ ഇസ് ടോട്ടലി ബ്ലമിഷ്ലെസ് ഒന്ന് കർമ്മമണ്ഡലമാണ് ഒന്ന് അകർമ്മ മണ്ഡലമാണ് ഒന്ന് മൃത്യുവാണ് ഒന്ന് അമൃതമാണ് ഒന്ന് നിശ്ചലമാണ് ഒന്ന് സച്ചലമാണ് അങ്ങനെ തികച്ചും വിരോധമായ സ്വഭാവത്തോടുകൂടിയ രണ്ടു വസ്തുക്കൾ കൂടിച്ചേർന്നതാണ് നമ്മൾ ശരീരം മനസ്സ് ബുദ്ധി അതിന്റെ ഒരു ഫോഴ്സ് ആ ഫോഴ്സിനെയാണ് നമ്മുടെ മനസ്സ് എന്ന് പറയുന്നത് ശരീരമോ മനസ്സോ ബുദ്ധിയോ അഹങ്കാരമോ ഒന്നുമല്ലാത്ത ഒരു ശക്തി ചിത് അതിനൊരു ശക്തിയുണ്ട് എന്നാണ് ഇതാണ് എളുതാസഹസ്രനാമത്തിൽ ചിത് ശക്തിശ്ചേതനാരൂപ ജഡശക്തി ഹി ജഡാത്മിക ആ ചിത്തിനെയാണ് ഇവിടെ ജീവഭൂതാം മഹാബാഹു എന്ന് ഭഗവാൻ പറഞ്ഞു ജീവഭൂതാം എന്ന് വെച്ചാൽ ജീവനെ പോലെ തോന്നണതും ജീവനായി വേഷം കിട്ടിയിരിക്കണതും ആസീഫ് ആൻ ഇൻഡിവിജ്വൽ ആസീഫ് ഇംപ്രിസൻഡ് ഇൻ ദ ഉപാധി അഡ്ജൻസ് ശരീരത്തിൻ്റെ ഉള്ളിൽ കെട്ടിയിട്ട പോലെ ജയിലിലായ പോലെ മനസ്സുകൊണ്ട് പരിമിതിപ്പെട്ട പോലെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് പരിമിതനായ പോലെ എന്ന് തോന്നുന്ന ഈ ജീവഭൂതനായ ഒരു ഭൂതമുണ്ട് അതിന് എന്താണെന്നറിയുമ്പോ ആ ഭൂതാത്മാവിനെ ശ്രദ്ധിക്കുമ്പോ അത് ജീവഭൂതം മാത്രമാണ് ജീവനല്ല അത് ജീവഭൂതമാണ് ജീവനെന്ന് തോന്നുകയാണ് ൻസ് ഓഫ് ജീവാഹൂഡാണ് അവിടെ ശ്രദ്ധിക്കുമ്പോ അത് പരമേശ്വരൻ തന്നെയാണ് അത് ഈശ്വരൻ തന്നെയാണ് പരമേശ്വരൻ തന്നെയാണ് അല്ലെങ്കിൽ അടുത്ത വിശേഷണം ചെയ്തില്ല ഏതം ധാര്യത്തെ ജഗത്ത് എന്നാണ് അതിലാണ് ഈ ജഗത്ത് മുഴുവൻ ആരോപിക്കപ്പെട്ടിരിക്കണത്ത ജീവനാണെങ്കിൽ ജഗത്ത് മുഴുവൻ ജീവനിൽ ആരോപിതന്നാവുമല്ലോ അല്ലേ അപ്പോ അതിനെ അറിയുമ്പോ കാണാം ജഗത്ത് അതിലാണിരിക്കുന്നത് ജന്മാദ്യത ജന്മാദ്യതൊന്നിൽ അസിയ സൃഷ്ടി സ്ഥിതി സംഹാരാദി കർമ്മ യ്രഹ്മണി ആരോപം സ്ഥിത്യുദ്ഭവ പ്രളയഹേതു അഹേതു ഏതിൽ സൃഷ്ടിസ്ഥിതി സംഹാരമൊക്കെ നടക്കണ പോലെ തോന്നണോ ഒന്നും നടക്കണില്ല അതിലൊന്നും സംഭവിക്കണില്ല അത് പൂർണ്ണമാണ് പൂർണ്ണമാണ് പൂർണ്ണം ഒരു സ്പർശവും അതിനെ സാധിക്കില്ല ആ ജീവഭൂതം എന്ന് പറയണ ആ ബോധത്തിനെ സത്തയെ അറിഞ്ഞു കഴിയുമ്പോ അതിൽ ശരീരമില്ല വളരെ മിസ്ട്രിയാണ് ഇപ്പൊ ഇത്രയൊക്കെ അഷ്ടദാ പ്രകൃതി എന്ന് പറഞ്ഞു സ്ക്രീനിലെ സിനിമ കണ്ടു സിനിമയൊക്കെ കണ്ടുകഴിഞ്ഞിട്ട് സിനിമയിൽ നടിക്കുന്ന ആൾക്കൊന്ന് ശേഖാൻഡ് കൊടുക്കാൻ പോയി സ്ക്രീനിൽ പോയി തൊട്ടാലോ ആരെങ്കിലുമൊക്കെ തടാൻ പറ്റുമോ സ്ക്രീനേ ഉള്ളൂ അല്ലേ അതുപോലെ ഈ ചിത്തില് ഇത്രയൊക്കെ വിചിത്രമായി എന്തൊക്കെയോ നടക്കണോ ആ ചിത്തിനെ അടുത്തറിയുമ്പോൾ കാണാം ചിത്തിൽ ഒന്നും സംഭവിക്കണില്ല ഒന്നും സൃഷ്ടിയില്ല സ്ഥിതിയില്ല സംഭാരമില്ല തിരോധാനമില്ല അനുഗ്രഹമില്ല അഖണ്ഡ അദ്വയ നിർവികൽപ്പ നിരഞ്ജന പരിപൂർണമായിട്ട് നിൽക്കണം സ്പർശഹീനമായിട്ട് നിൽക്കും അതിനെ അറിഞ്ഞവനും സ്പർശഹീനായിട്ട് തീർന്നു അതിനെ അറിഞ്ഞവൻ ഈ ലോകത്തിൽ ഇരിക്കുന്നുവെങ്കിലും അവനൊരു നഴലുപോലെയാണ് ഇപ്പൊ അങ്ങനത്തെ പെർസണാലിറ്റീസിനൊക്കെ ഉണ്ടാക്കണ്ട് അതായത് ഇവിടെ ഇരുന്ന് പ്രഭാഷണം ചെയ്തിട്ട് അമേരിക്കയിൽ ഇതേ ഒരു ഫോം അപ്പിയറാവും അങ്ങനെ ഒരു ക്യാമറ വന്നിട്ടുണ്ട് അത് ഇനിയും ഡെവലപ്പ് ആയിട്ടില്ല എന്നുവെച്ചാൽ അവിടെ കുറെ ആളുകൾ ഇരുന്നിട്ട് ഇതേപോലെ ഞാൻ പ്രഭാഷണം ചെയ്യും ഇതൊക്കെ ഉണ്ടാവും കണ്ടാൽ നിങ്ങൾക്ക് തോന്നും ഞാൻ അവിടെ ഇരിക്കുന്നുണ്ടെന്ന് തോന്നും തൊട്ടാ മാത്രം ഉള്ളിലെ ആളുണ്ടാവില്ല സോളിഡിഫൈഡ് ആസിഡ് സോൾഡിഫൈഡ് ലൈറ്റ് ആണത് വെളിച്ചം അതേപോലെ ഇപ്പൊ ഫോട്ടോ കാണി വീഡിയോ അവിടെ പോയി കാണുന്നതിന് പകരം സ്ഥൂലമായി ലൈറ്റ് ത്രീ ഡയമെൻഷനിൽ കാണുന്നു ഉള്ളൂ തൊട്ട് കഴിഞ്ഞാൽ കൈ ഉള്ളിൽ പോകുന്നുള്ള വ്യത്യാസമേ ഉള്ളൂ ജീവൻ മുക്തൻ ഏകദേശം അതുപോലെയാണെന്നാണ് ലോകത്തിലെ അയാൾ കാണപ്പെടും ലോകത്തിലെ അയാൾ വ്യവഹരിക്കുന്നു തത്വം അറിഞ്ഞു അവനെ സംബന്ധിച്ചിടത്തോളം ശരീരമില്ല പക്ഷെ മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ അവന് ശരീരമുണ്ട് ശരീരത്തിന് ചിലപ്പോ സൂക്കേട് വരുന്നതായിട്ടും വിഷമിക്കുന്നതായിട്ടും വ്യാധിഗ്രസ്തായിട്ട് വിഷമിക്കുന്നതായിട്ടും ഒക്കെ കാണും ജീവൻ മുക്തനോട് ചോദിച്ചാൽ നിങ്ങളുടെ ശരീരത്തിന് ഇത്രയൊക്കെ വിഷമുണ്ടല്ലോ ഞങ്ങൾ കാണുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞ അതേ ഞാനും കാണുന്നുണ്ട് അയാൾക്ക് വളരെ വിചിത്രമായ സ്ഥിതി അതാണ് സസ്യസ്ഥിതിയും ഭാവയിത്വം ക്ഷമക്ക അവന്റെ സ്ഥിതി ആർക്കും ഊഹിക്കാൻ സാധിക്കും ഇങ്ങനെ ഒരു സ്റ്റേറ്റ് ഉണ്ട് എന്നുള്ളത് എങ്ങനെ അറിയാൻ കഴിയും അനുഭവം കൊണ്ട് മാത്രമേ അറിയാൻ പറ്റുള്ളൂ വേറെ ഒരു വഴിയില്ല വേറെ ഒരു വഴിയുള്ളത് എന്താന്ന് വെച്ചാൽ അനുഭവമുള്ള ശാസ്ത്രത്തിന് വിശ്വസിക്കുക എന്നുള്ളതാണ് വഴി വിശ്വസിക്കണതും നമ്മൾക്ക് അനുഭവത്തിന് തുല്യമാവല്ലല്ലോ പക്ഷെ അങ്ങനെ ഒരു സ്റ്റേറ്റ് ഉണ്ട് എന്നുള്ളത് മാത്രമാണ് റിലീസിന് വഴിയുണ്ടെന്ന് പറയണത് ഇല്ലെങ്കിൽ ഈ പരമ്പരയിലുള്ള ഋഷികൾ ജ്ഞാനികൾക്കൊന്നും യൂസ് ചെയ്യില്ല ഇമ്പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു ഫിലോസഫി പറഞ്ഞിട്ട് എന്ത് കാര്യം ഇവിടെ കാര്യം ജീവിക്കാനുള്ള വഴി നോക്കിയല്ലേ വേണ്ടേ അല്ലേ അവര് പറഞ്ഞ അങ്ങനെയല്ല നിങ്ങളുടെ സകല ദുഃഖവും തീർക്കാനുള്ള വഴി നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ട് മരുന്ന് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ട് നിങ്ങൾ തന്നെ മരുന്നാണ് നിങ്ങളുടെ തന്നെ അസ്തിത്വം ആ ഔഷധമാണ് നിങ്ങൾ തന്നെ ആ പൂർണ്ണതയാണ് നിങ്ങൾ തന്നെ അപരിമേയമായ അപരിമിതമായ പൂർണ്ണ വസ്തുവാണ് പരിധിയില്ലാത്ത സത്യമാണ് ആ സത്യത്തിനെ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം നിങ്ങളിൽ ഒന്നും തുടങ്ങില്ല മൃത്യു തുടങ്ങില്ല വ്യാധി തുടങ്ങുന്നില്ല വാർദ്ധക്യം തുടങ്ങുന്നില്ല ശരീരമോ മനസ്സോ അതിന്റെ വൈകല്യങ്ങളോ ഒന്നും തന്നെ അകമയുള്ള ഈ ചിത്തിനെ ഈ ശിവത്തിനെ അസ്തിത്വത്തിന് ഇരുപ്പിനെ ബോധത്തിനെ അല്പവും സ്പർശിക്കണത് അതിനെ ഭഗവാൻ അപരാപ്രകൃതി എന്ന് പറഞ്ഞു അപരാപ്രകൃതി എന്ന് ട്രാൻസിൻഡന്റൽ നേച്ചർ ബിയോങ് ഉണ്ട് അത് നേച്ചർ എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെയേ മനസ്സിലാവുള്ളൂ എന്നുള്ളതുകൊണ്ട് അതിനെ നേച്ചർ എന്ന് പറഞ്ഞു ജീവഭൂതാം മഹാബാഹോ ഏതം ധാര്യത്തെ ജഗത്ത് ജഗത്ത് മുഴുവൻ അതാണ് ധരിക്കണത് എന്നാണ് മുഴുവൻ അതിലാണ് നടക്കുന്നത് അതിലാണ് നിൽക്കുന്നത് അതിലാണ് ഉദ്ഭവിക്കുന്നത് അതിലാണ് നിൽക്കുന്നത് അതിലാണ് ലയിക്കുന്നത് ആ സത്തയെ ഞാൻ പോയി തൊടാം കടലിൽ എവിടെങ്കിലും ഒരു പോയിന്റിൽ നമ്മൾ തൊട്ടാൽ കടൽ മുഴുവൻ തൊട്ട് കഴിഞ്ഞു അല്ലെ ശാന്ത സമുദ്രം തൊടാൻ ശാന്തസമുദ്രം മുഴുവൻ തൊടണ്ട അറബിക്കടൽ തൊടാൻ അറബിക്കടൽ മുഴുവൻ തൊടണ്ട കടൽ എവിടെങ്കിലും എടുത്ത് തൊട്ടാൽ കടൽ മുഴുവൻ തൊട്ട് കഴിഞ്ഞു അതുപോലെ അനന്തമായി സത്തയെ ഇവിടെ തൊട്ടുകഴിഞ്ഞാൽ അഖണ്ഡമായി അതിനെ തൊട്ടുകഴിഞ്ഞു ആ അഖണ്ഡത അപരിമേയത പൂർണ്ണത അവിഛിന്നത സ്വതസിദ്ധമായ വസ്തുസ്ഥിതി കണ്ടുപോയവനാണ് തത്വതാവേത്തി എന്ന് ഭഗവാൻ പറഞ്ഞു താത്വികമായി വസ്തുവിനെ അറിഞ്ഞവൻ ആ തത്വജ്ഞാനം ആണ് ഭഗവാൻ ഇനിയും വിസ്തരിച്ച് പറയാൻ പോണത് തുടർന്ന് നമ്മളെ നാളെ കാണാം ഓം ശ്രീരാമ ജയരാമ ജയ ജയ രാമ ഓം ശ്രീരമയ ജയ ജയ രാമ ഓം ശ്രീരമ ജയ ജയ ജയ രാമ ഓം ശ്രീരമ ജയ ജയ ജയ രാമ ഓം ശ്രീരാമ ജയ രാമ ജയ ജയ രാമ ഓം ശ്രീരാമ ജയരാമ ജയ ജയ രാമ ഓം ശ്രീരാമ ജയ രാമ ജയ ജയ രാമ ഓം ശ്രീരാമ ജയ രാമ അന്തരാമൻ മാമം ആനന്ദാശ്രമത്തിൽ നിന്ന് വന്നു ആറുമണി മുതൽ ആറര മണിവരെ ഇവിടെ ഈ മന്ത്രം ധാരാളം ഭക്തന്മാർ കുറേ പേര് ചേർന്ന് ഇവിടെ സങ്കീർത്തന ജപം ചെയ്തു സങ്കീർത്തന ജപം ചെയ്യണത് നമുക്കൊരു അതിലൊരു രുചി ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഒരു അഭ്യാസം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് അത് തന്നെ നമ്മൾ സാധനയായിട്ട് ചെയ്യുമ്പോ